ഹേ ഗുരുവായൂരപ്പ ദേഹത്തിൽ മോഹം എന്ന് വെച്ചാൽ എന്താ അർത്ഥം നമ്മൾ മലയാളത്തിൽ പറയണ മോഹമല്ല ചിലർ പറയും ഞങ്ങൾക്ക് സപ്താഹം കേൾക്കണം മോഹം എന്ന് പറയുന്നു അത മോഹം എന്ന് വെച്ചാൽ ഒന്നിനെ മറ്റൊന്നായി ധരിക്കുന്നതാണ് മോഹം ഇവിടുന്ന് രാത്രി വെളിച്ചമില്ല വെളിച്ചം പോരാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന വഴിയിൽ എന്തോ കണ്ടു പാമ്പ് നിലവിളി കൂട്ടി ബഹളം കൂട്ടി കടിച്ചു സംശയം അപ്പോ ലൈറ്റ് കൊണ്ടുവന്ന് നോക്കുമ്പോ ആരോ നമ്മളുടെ മുമ്പിൽ നടന്നു പോയവരുടെ സ്ത്രീകളുടെ തലയിൽ നിന്ന് വീണ ഒരു പൂമാലയാണ് നലമികലും മലർമാല നാഗമാമോ നല്ലൊരു മലർമാല അത് പാമ്പാവോ നിങ്ങൾ അജ്ഞാനം കൊണ്ട് ധരിച്ചാൽ പൂമാല പാമ്പാവോ തലയിൽ നിന്ന് വിഴിഞ്ഞിരിക്കും നല്ല ഒരു മലയപ്പൂമാല അത് പാമ്പാകുമാ നനച്ചിണ്ടതിനാൽ അത് പാമ്പായിടാത് ആ അജ്ഞാനത്തിനാല അത് പൂമാലമ്പാ പട്ടത് അത് നടുവിൽ എങ്കോ കല് കൊഞ്ചു കുത്തി കടിച്ച് തോന്നരുത് ഇപ്പി മലമാ മലർമാലയെ പാർ പാമ്പ് നനച്ചക്കേര് അജ്ഞാനം കൊച്ചു കൂടെ അഴകാർക്ക് ഇല്ല കയറ് പാമ്പ് ചൂടെ മലർമാലമ്പു അത് മലർമാലയെ പാർ പാമ്പ് നനച്ചക്കാതിരി ബ്രഹ്മത്തിൽ ജീവൻ തോറ്റം ഭഗവാനുള്ള നാങ്ക ജീവൻ തോറ്റം ചില പേർ ചില കേക്കറ പുത് അനുഭവത്തിക്ക് വരമാട്ടേങ്കേ അപ്പ അനുഭവം നിങ്ങ എന്ന അനുഭവം എന്നത് ലൈറ്റ് വരണമ ഇല്ല എങ്കേ ആകാശത്തിലേക്ക് ഏതാവ് വിഴണുമാതിഷാ ഇപ്പൊ അനുഭവം ഉപ്പൊ ഇല്ലേ വെച്ചു ഇനി വരവേണ്ടതാക്കാൽ അത് പോയിടും ആചാര്യർ ഒരുവദ രൂപത്തിലോകം ജീവൻ മുക്തി നില അടയണമോ വിദേഹ മുക്തി നിലയെ അടയണമെന്ന് കെട്ടാം വാർത്തകളെ ഉള്ളപ്പോ പരിചയമുക് ശരീരത്തോടെ മുക്തി അനുഭവിക്കുന്നത് വിദേഹ മുക്താ ശരീരത്തെ വിട്ട് മുക്തി ജീവൻ മുക്തി വിശിഷ്ട ൂർ മുക്തിരിപ്പം യോ അന്വഗ്രാത് ഉഭയപി മൃഷാ സാധിതാ ശാന്ത ജീവൻ മുക്തി ശ്രേഷ്ഠമാ വിദേഹ മുക്തി ശ്രേഷ്ഠമാചാര്യർ രണ്ടും പൊയ് ഉഭയമപി മൃഷാ ജീവൻ മുക്തിയും വിദേഹ മുക്തിയും ഇത് രണ്ട് തത്വാത് ആദിയും അന്തവും എല്ലാം പൊയ്ങ്കം എ ആദി അത് അന്തം ഉണ്ട് ജീവൻ മുക്തി വരണം അമ്മ ആശപ്പെടും വിദേഹ മുക്തി വിദേഹ മുക്ത വിട്ടപ്പോ മുക് അപ്പം അത് ഇപ്പൊ ഇല്ല ഇനി വര പോക്ോഹാപായോപ ലക്ഷ്യ മുക്തി ആത്മൈവ പൂർണ്ണാനന്തോപദേശോ ദിശി വിദിശി സദാ മംഗളംദേശി തോ മോഹാപായോപലക്ഷ നമ്മ ഇപ്പൊ വേദാന്ത ശ്രവണം പണിനോമാനാ ഉടമ്പു നാണല്ല ശരീരം നാൻ ചല്ലവേ ഇല്ല ശരീരത്തിലെ കൈ കാൽ എല്ലാം വേർപ്രിച്ച് എടുത്താലും നാങ്ക അനുഭവം സ്വതന്ത്രമാക്ക് കൈ കാൽ ഇല്ലാതാ ഇക്കാ അവ നാൻ കൊഞ്ചം കുറച്ചാൽ <revelation> ും അനുഭവം പൂർണ്ണ അനുഭവത്തിലോ ഒട്ടിക്കൂർത്താലേ കൊണ്ടു കഴിഞ്ഞാൽ തലയെല്ലാം മാറ്റി വെച്ചി സയൻസ് ഭാഗവതത്തിലെ ഉപാഖ്യാനം ഒന്നും അപ്പൊ നമുക്ക് തലയെല്ലാം തല വെക്കരുത് ഹാർട്ട് ട്രാൻസ്പ്ലാന് ഹാർട്ട് എല്ലാം പിടിച്ച് കൊഞ്ച നേരം നിർത്തിട്ട് തന്നെ സർജറി പണി തലകി വിടാം അതിനാലേ വരലെ നാൻ അപിയും അപ്പൊ ശരീരത്തിലെ എന്ത് അംഗങ്ങൾ വിട്ടു പോണാലും എന്നാലും നാണ അനുഭവം വന്ന് ഉടമ്പു കൂടെ ഒട്ടിണ്ട് നിക്കലെ നമ്മ എന്നോ ഉടമ്പുക്ക് വലിക്ക എപ്പിടി വേദാന്ത ജ്ഞാനം നിൽക്കും ഉടമ്പുക്ക് വിഷമങ്ങൾ വരതേ ഉടമ്പുക്ക് വരതാം ഞാനി ആണാലും വരും ഞാനികൾക്കും വരും ഉടമ്പുക്ക് വിഷമം അവ ഉടമ്പ കടന്ന് തുടിക്കും നെച്ചപ്പ അവളും നമ്മളെ പോലെ തന്നെ അഴറ കഷ്ടെ വലിക്കും രാമകൃഷ്ണപ്രമർ വലി വന്നപ്പോ വലിക്കാമോന്ന് ഉറപ്പ് രമണ മഹർഷിയെ പറ്റി സാർ കോൺ അവർക്ക് വലിക്കവേ ഇല്ലേ വലി താങ്ക മഹർഷി പെയിൻ ഇസ് ബഡ് നോട്ട് സഫറിംഗ് വലിക്കുന്നത് ആണ വലിയ നെനച്ചു നാം വേദനപ്പെടലേ ഇത് വലിക്കറേ വലിക്കും അവ അവിയെ താങ്കൾക്ക് വലിയും ഭഗവത് അനുഭവമാത്രം ഭഗവാന് കൊടുത്തു എടുത്തോമേ ഇല്ല സാപ്പാട് നല്ല പായസം തന്നെ ഗുരുവായൂരപ്പം പ്രസാദം കൊടുങ്കോ കൊണ്ട പായസം കൊണ്ടു കേടു വന്ന് ഇത് ഗുരുവായം പ്രസാദം എടുത്തു പോയി അപ്പൊ പ്രസാദം എല്ലാം പ്രസാദം അപ്പൊ കൊഞ്ചമാ അത്യാ അനുഭവം വരട്ടും ശരീരത്തിലുഭവം മനസ്സിലുഭവത്തിലേക്ക് നമ്മളെ വേർപ്രിച്ച് അതിലേക്കുഖം ദുഃഖം രണ്ടെയും സമമാ എടുത്തക്കാവംതാ വേദാന്ത ജ്ഞാനം അത് വന്ന് യു വിൽ ട്രാൻസെൻഡ് അതെ നിക്കാ വിവേകാനന്ദ്രിയോട് വാള വെട്ടി പോട്ട് കടന്ന് വാല് പാട്ടും ിയോട ഉടമ്പു കഷ്ടപ്പെടുന്നത് വിഷമിക്കുന്നത് വേദനിക്കുന്നത് സുഖ ദുഃഖങ്ങളെ അനുഭവിക്കാക്ഷിയാ പാത്ത അത് സുഖ ദുഃഖങ്ങളെ മാറ്റവോ വേദനയെ മാറ്റവോ അതെ തൃപ്പവോ മറിക്കവോ എം പില്ലേ എന്ത സുഖ ദുഃഖങ്ങൾ വേണോ അനുഭവം വരട്ടെ അത അനുഭവങ്ങളെ എല്ലാമേ ഭഗവത് അനുഭവമാഴുങ്ങുമോ അത് ഞാനി ഞാനം അത് ത്ഞാനത്തോട് മുഖ്യ ലക്ഷ്യവും അത്താ അജ്ഞാനത്തെ നീക്കിയെടുത്താണ് മോഹാപായോപലക്ഷ്യ മോഹം അജ്ഞാനത്തെ നീക്കാം ഇപ്പൊ ബ്രഹ്മാവിന് ഭഗവാൻ ചെയ്യുന്നത് എന്തെങ്കിലും പുതിയതായിട്ടൊന്നും കൊടുത്തില്ല ബ്രഹ്മാവിന്റെ അജ്ഞാനം അങ്ങോട്ട് നീക്കി എത്രയുള്ളൂ അജ്ഞാനം നീക്കി ഞാൻ കർത്താവാണ് ഞാൻ ഭോക്താവാണ് എന്നുള്ളത് ഉപേക്ഷിക്കാം ജഗത്തിൽ സകല കാര്യങ്ങളും ഒരു പരമേശ്വര ശക്തി നടത്തിക്കൊണ്ടിരിക്കണം അതിന് അടങ്ങിക്കൊടുക്കാം ഈ ശരീരം മനസ്സു ബുദ്ധി അഹങ്കാരം ഇതൊക്കെ പ്രകൃതിയുടെ ആണോ ഉടമ്പു നമ്മ ഉടമ്പു നമ്മ ഉടമ്പു പ്രകൃതിയോടെ മനസ് പ്രകൃതിയോടെ ബുദ്ധി പ്രകൃതിയോടെ നമുക്ക് ഞാനം വേണമേഹം അല്ല ദേഹം എന്നോടത് അല്ല ദേഹം എനക്കാ അല്ല ഇന്ന മൂന്ന് വിഷയങ്ങൾ കിളിയർ ആയിട്ടാ ഞാനം ആയിടും നാൻ ദേഹം അല്ലങ്ക മാത്രം കിളിയർ ആരാഹം എന്നോടത് അല്ല ദേഹം പിന്നെ ആരോടും ഭക്തി ഭാവമ ഭഗവാനോട് എടുത്തക്കലാം ഇല്ല വേദാന്ത ഭാവം ഇപ്പൊ കപിലർ മാറി ഇത് പ്രകൃതിയെ ചേർന്നത് എടുത്തക്കെ ചേർന്നത് അപ്പം ഇന്നൊരു അജ്ഞാനം വരും ഇന്നേഹത്തെ വെച്ചിട്ട് പ്രയോജനം ഉണ്ടാക പോ അജ്ഞാനവും നീങ്ങി ഇത് പ്രകൃതിയോട് പർപ്പസ് സർവ്വ് വരെ തന്നെ നിക്കപ്പോ എന്നോട് പർപ്പസ് അത് സർവ്വ്ണത് നമ്മ നെച്ച മാറി നിക്കാതെ എന്നോട് ഡ്യൂട്ടി നാ പണ പോ നമ്മ വായാലെല്ലാം ഡ്യൂട്ടി പണ്ടേ ഇത് നിക്കപ്പോ നമ്മ നെന ഡ്യൂട്ടി പണ മുടാ എപ്പൊ വി പോകും തരാത് എപ്പുറ അപ്പൊ ഇത് പ്രകൃതി ശരീരം പ്രകൃതി മനസ് പ്രകൃതി ബുദ്ധി പ്രകൃതി അഹങ്കാരം പ്രകൃതി ഭഗവാൻ ഗീതയിലെ ഇത് രണ്ടേ അഴകാ പ്രിച്ച് അപരാ പ്രകൃതി പരാപ്രകൃതി അപരാപ്രകൃതിയിലെ ചേർന്നത് ഉടമ്പു മനസ് ബുദ്ധി അഹങ്കാരം എല്ലാം ഇതിലെ എന് ഒന്നുമേ നമ്മ ഇതിലേക്ക് നമ്മ എക്സ്പെക്ട് പണലയാണോ അത ഞാനം വന്നിടും നമ്മ സ്വരൂപത്തിലെ പ്രതിഷ്ഠിതാ ഇതിലേക്ക് ഒന്നും എക്സ്പെക്ട് പണ നിലയ്ക്ക് നമ്മ വന്ന് ദേഹം ആരോഗ്യമാർക്കണമ എക്സ്പെക്ടേഷൻ ഇല്ലേ രാത്രി പടുത്താ തൂക്കം വരണമെക്േഷൻ ഇല്ല ഒന്ന് പരീക്ഷണം പണി പാരും വരലേങ്ക ടെ നമ്മ ക്ഷീണിപ്പോമേ തവര തൂങ്ങാത്തതിനാല ക്ഷീണമില്ലേ തൂക്കം വരലയാണ് വരലേ നമ്മുടെ തന്നെ തൂക്കം വരണ്ടാന്ന് വെച്ചിരിക്ക അപ്പൊ എഴുന്ന തൂങ്ങണ തൂങ്ങട്ടുമേ എപ്പോ എ ചില എഴുന്ന ജപം എന്ന ഒന്ന് കൊണ്ടുവട്ടേ പ്രയോജനം ഇല്ലേറ്റ് നമ്മള പ്രകൃതി ഒന്ന് അഹങ്കാരം വന്ന് എതിയോ ആശപ്പെടേ ആശപ്പെടലേ ആ ചക്രവർത്തിയാക്കല ആശയവർത്തി ലോകേശു കാമചാരോ ഭവതി അവൻ സമ്രാട് ആരാണ്വർത്തി ഒന്നും കയ്യിൽ ഇല്ലാത്തവൻ ചക്രവർത്തികളാ നമസ്കാരം സാധുക്കൾ അവളുടെ എന്തെ ഒന്നുമേ ഇല്ലേ അവയപ്പെടാത്താൽ ചക്രവർത്തി രാജാവാ അവക്ഷാപാത്രം എപ്പോ ഉള്ളി ബൗൺ ഏതോ വണ വണവനം ദേഹി ദേഹി ഇല്ലേ നമ്മ ശ്ലോകങ്ങൾ പൂരാ എന്നെ ദേഹി പാലയമം പാഹിമം ദേഹി വെച്ച സംസ്കൃതത്തിലെ പാട്ടെ എഴുതി വിടലാം ഒന്നും തരിയാട്ടും ഗോവിന്ദ പാലയമം കൃഷ്ണ പാഹിമം സുഖം ദേഹി കൊഞ്ചം പൊറും സംസ്കൃതത്തിൽ പാട്ട് എഴുതും പ്രോബ്ലമേ ഇല്ലേ ദേവനാഗ്രിയെ പഠിക്കാത്തവെല്ലാം പാട്ട് എഴുതി വാർത്ത വെച്ചാ ദേഹി പാളയമ പാഹിമം ഇതെല്ലാം യാത്ര മനസ് ഇന്ന് ജീവൻ തന്നെ കേക്കുന്നത് അഹങ്കാരം തന്നെ കേക്കത് ഇന്ന് ശരീര മനോബുദ്ധി അഹങ്കാരങ്ങൾ പ്രകൃതിയോട് അപ്പൊ നാനോ ജീവഭൂതം മഹാബാഹോ ഏതം ധാരീത ജഗത് നാ അനുഭവം അത് അനുഭവത്തില ഒരു ഫിനോമിന ഉടമ്പു എന്ന് ഉടമ്പിലെ രാത്രി എഴുന്ന കിളമ്പിട്ട് ഉടമ്പു തോന്നുന്നത് ലോകം തോന്നും ഇതേമാതിരി തൂങ്ങവും നമ്മ ഉ ഒരേ അടിയും വെങ്കടരാമനോ ശങ്കരനോ രാമനോ കൃഷ്ണനോ പോയിട്ടു അത് വ്യക്തിത്വം പോയിടും അപ്പം വേറെ ഏതോ ഉണ്ടാകല ഒരു ആശ്ചര്യമാക്കുന്നത് സമുദ്രത്തിലാഴറ മാറി അഖണ്ഡ ബോധ സമുദ്രത്തിലെ എന്നോ ഒസന്നു താഴ്ന്നിരിക്കാനത്തിനാല പ്രകൃതി പുരുഷന് മുതല പ്രിച്ച് അത് കപിലോട് ഉപദേശം ഗീതയിലും ഭഗവാൻ മുതല് പ്രകൃതി പുരുഷന് പ്രിച്ച് ഉടമ്പു വേറെ നാൻ വേറെ അപ്പുറം ഉടമ്പു മനം ഇരുക്ക വേറെ ഒരു ഭയം എന്ന് ദ്വൈതം എന്നാൽ ദ്വിതീയ ഭയംഭവതി ഹയർ സ്റ്റേജ് പോക ഉടമ്പും ഇല്ലേ തരും ശരീരവും ഇല്ലേ മനമും ഇല്ലേ ഇരിക്കുന്നത് ഭഗവാനാണ് അത് ഭഗവാനേ അനേക നാമരൂപങ്ങളാ പ്രപഞ്ചത്തിൽ തരുദേവ സർവം സകലതും വാസുദേവ സ്വരൂപം ഓരോ ഉടമ്പു കളർ ഭഗവാന് മുതല ഉടമ്പുക്ക് അന്തര്യമിയെ പാകണം എല്ല അനുഭവത്തെ പാകണം അത് അനുഭവമേ നമുക്ക് അനുഭവം ഇല്ലേ നമ്മാ അത് വിഷയത്തെ തന്നെ കിളാരിന്നെ നമുക്ക് അനുഭവം ഇല്ലേന്ന് ചല്ലവേപ്പെടാതെ എല്ലാർക്കും ആത്മാനുഭവം എല്ലാവർക്കും നാട്ടേന അനുഭവം ഇരിക്കേ അതുവേ ആത്മാനുഭവം താ തത്വമസി നമ്മ കവനിക്കില്ലേ മറ്റും അഹമഹമെന്ന് അരുളുന്നതൊക്കെ ആരായുകിൽ അകമേ പലതല്ല അതേകമാകും അകലുമഹന്ത അനേകമാകയാളീ തുകയിൽ അഹം പുരുളും തുടർന്നിടുന്നു അതും ഇതുമല്ല അസദർത്ഥമല്ല അഹം സച്ചിതമൃതമെന്നു തെളിഞ്ഞു ധീരനായി സദസതി പ്രതിപത്തിയറ്റ് സത്തോം ഇതി മൃദുവായി മൃദുവായി അമർന്നിടേണം അഹം എന്ന അനുഭവം പൂർണ്ണമാണ് അത് സച്ചിതമൃതമാണ് നമുക്കൊക്കെ അനുഭവമുണ്ട് നമ്മളൊക്കെ പൂർണ്ണ ഭഗവത് സ്വരൂപികളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അല്ലാത്ത പോലെ ഒരു നാടകം നടത്തുന്നു അത്രയേ ഉള്ളൂ ആ നാടകം എങ്ങനെ വന്നു ആത്മമായാമൃതേ രാജന് പരസ്യ അനുഭവാത്മനഹേത അർത്ഥസംബന്ധ സ്വപ്നദ്രഷ്ടുഹോ ഇവ അഞ്ജസ മായെ കൂടാതെ ഇങ്ങനെ പരമാത്മാവിനൊരു ഗതികേട് ഗതികേട് വരില്ല എന്നാണ് ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുന്നു എനിക്ക് ഈ ഗതികേട് എങ്ങനെ വന്നു ഗുരു ശിഷ്യനോട് പറയണു അജ്ഞാനയോഗാത് പരമാത്മനസ്തവ്യനാത്മബന്ധ അമുനൈവ സംസ്കൃതി അജ്ഞാനത്തിനോട് സംബന്ധം വെച്ചതുകൊണ്ട് സ്വയമേവ പരമാത്മാവായിട്ടുള്ള തനിക്ക് അനാത്മബന്ധ താനല്ലാത്തതൊക്കെ ഉണ്ടായിരിക്കണം എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു ശരീരം ഉണ്ടോ എന്ന് തോന്നുന്നു മനസ്സുണ്ടോ ഈ പറയുന്ന കാര്യം ദയവചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കരുത് കേൾക്കുക മാത്രം ചെയ്യുക മനസ്സിലാക്കിയാൽ പഴ പറ്റിപ്പോവും മനസ്സ് എന്ന് നമ്മളുടെ ഉള്ളിലുള്ള സാധനം നമ്മളെ സകലതും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളൊരു സാധനമാണ് ധരിപ്പിക്കാനല്ല നിങ്ങൾക്ക് മാങ്ങ കണ്ട മാങ്ങ ചേന കണ്ട ചേന എന്ന് പറയാൻ മനസ്സ് ഉപയോഗിച്ചോളൂ പക്ഷേ ഈ ആത്മവിദ്യയിൽ ആ സാധനം ഇടുപ്പിൽ തിരികിക്കൊണ്ട് ഉള്ളിൽ വരരുത് പുറത്ത് അഴിച്ചു വെച്ചിട്ട് വരിക ചെരുപ്പഴിച്ചു വെക്കുമ്പോ മനസ്സുകൊണ്ടല്ല ഭാഗവതം മനസ്സിലാക്കേണ്ടത് മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല ഹൃദയം കൊണ്ട് അറിയാം കേൾക്കുക മാത്രം ചെയ്താൽ മതി നമ്മളുടെ ഹൃദയത്തിലിരിക്കുന്ന ഗുരുവായൂരപ്പം നമുക്ക് മനസ്സിലാക്കി തരികയാണെങ്കിൽ അനുഭവപ്പെടുത്തി തരികയാണെങ്കിൽ തരട്ടെ ആ ശരണാഗതിയോട് ഇരിക്കാം ശരണം ചെയ്യുമ്പോൾ ഭഗവാൻ അനുഭവപ്പെടുത്തി തരികയാണെങ്കിൽ തരട്ടെ അല്ലെങ്കിൽ വേണ്ട നമുക്ക് ഏതൊന്നും നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ ഒക്കെ നിത്യനിരന്തര അനുഭവമായിട്ടിരിക്കുന്നു അതിനു പേരാണ് സമാധി അതാണ് ബ്രഹ്മം വൈകുണ്ഠക്കേന ദൃഷ്ട്രവണപഥത സ്വപ്നവതി ചിത് തദ്വൃത്തീനോധ സഹജ ശയനവത്തത്ര കോവാ പ്രമോദാവമുക്തം തതിദം അഹം അഹം ഇതി ബ്രഹ്മപൂർണ്ണം നൂർണാനന്ദോപദേശോ ദിശി വിദിശി സദാ മംഗളം വേദിശീതു ഈ പറഞ്ഞ അഖണ്ഡാനസ്വാമിയുടെ തന്നെ ശ്ലോകമാണ് മഹാഭാഗവതനാണ് കണ്ടാവുന്ന സ്വാമി വൃന്ദാവനത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ആശ്രമമുണ്ട് വൃന്ദാവനത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗവത വ്യാഖ്യാനത്തില് ഏറ്റവും ഹിന്ദിയിൽ ഏറ്റവും പ്രസിദ്ധമായ വ്യാഖ്യാനം സ്വാമിയുടെ തന്നെ ശ്ലോകമാണത് വൈകുണ്ഠത്തിനെ ആര് കണ്ടു എന്നാണ് വൈകുണ്ഠക്കേനദിഷ്ട്യാഖ്യാനിച്ചിട്ടുണ്ടല്ലോ പുരാണങ്ങളിലൊക്കെ പറഞ്ഞിട്ട് ഓരോ പുരാണം ഓരോ പോലെ പറയുന്നു സ്വപ്നവത് ബാധി സ്വപ്നം പോലെ ഒരു അനുഭവമണ്ഡലത്തിൽ നിൽക്കുന്നു വരികയും പോവുകയും ചെയ്യുന്നു അപ്പൊ യോഗികൾ പറയുന്ന സമാധിയോ ആ സമാധിയും വരികയും പോവുകയും ചെയ്യുന്നു സമാധി ഇല്ലാത്തൊരു സ്ഥിതി പിന്നെ സമാധിയിൽ പോകുന്നു പുറത്തു വരുന്നു പിന്നെ എന്താണ് വാസ്തവത്തിലുള്ള വസ്തു തതിദം അഹം ഇത് ബ്രഹ്മപൂർണ്ണം അച്ചാങ് എല്ലാവരുടെ ഉള്ളിലും ഞാനുണ്ട് ഞാനുണ്ട് ഞാനുണ്ട് എന്നുള്ള അനുഭവ രൂപത്തിലുണ്ടല്ലോ അത് ബ്രഹ്മം എന്നാ അറിയപ്പെടുന്നില്ലല്ലോ അങ്ങനെ ഇത് ബ്രഹ്മമാണെന്ന് അറിയപ്പെടുന്നില്ലല്ലോ എന്ന് വെച്ചാൽ അതിനെ ശ്രദ്ധിക്കാം നിങ്ങൾ അറിയപ്പെടുന്നില്ല എന്ന് പറയാൻ കാരണം ഒരുപാട് നൂലാമാലകൾ നമ്മളുടെ ബ്രെയിനിലുണ്ട് നമുക്ക് എന്തോ ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നു ശാന്തിയാണ് ബ്രഹ്മാനുഭവം ശാന്തിയാണ് ഭഗവത് അനുഭവം നിങ്ങൾക്ക് ഭാവാവേശങ്ങളൊക്കെ ഉണ്ടായാലും ഒരു ഭാവേശവും നിത്യനിരന്തരമായി നിർത്താൻ പറ്റില്ല ഒക്കെ വരികയും പോവുകയും ചെയ്യും എന്ത് ഭാവേശം ഉണ്ടായാലും എന്തെങ്കിലും ഒരു ഭാവതലത്തിൽ നമുക്ക് നിത്യനിരന്തരം നിൽക്കാൻ പറ്റുമോ പറയൂ നാടി ഞരമ്പുകളൊക്കെ തളർന്നു പോകും ഒരു 5 മിനിറ്റിന് മേലെ നിന്നാൽ ഭാവങ്ങളൊന്നും നിൽക്കില്ല ഒക്കെ വരികയും പോവുകയും ചെയ്യും സ്ഥിരപ്രജ്ഞൻ എന്ന് ഭഗവാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു ഭാവതലത്തിൽ നിൽക്കുന്ന ആളെയല്ല ഭാവങ്ങളൊക്കെ തന്നെ വരികയും പോവുകയും ചെയ്യുന്നതാണ് ശാന്തിയാണ് പ്രജ്ഞ ആ ശാന്തിയിൽ തന്നിൽ നിന്ന് അന്യമായി യാതൊന്നുമില്ല എന്നുള്ള ഉറപ്പുറ്റ അനുഭവമുണ്ട് ആ ശാന്തിക്കാണ് ആചാര്യസ്വാമികൾ പ്രജ്ഞ എന്ന് വ്യാഖ്യാനം കൊടുത്തത് ബ്രഹ്മാത്മനോ ശോധിതയോ ഏകഭാവ അവഗാഹിനി നിർവികല്പാ ചിന്മാത്ര വൃത്തി പ്രജ്ഞേതി കഥ്യത്തെ സുസ്ഥിര സവേത്യസ് സ സ്ഥിതപ്രജ്ഞത്തെ എപ്പോഴും നിരന്തര അനുഭവമുണ്ട് തന്നിൽ നിന്ന് അന്യമായ ഒരു വസ്തു ഇല്ല അത് അനുഭവം ഉണ്ടാവണമെങ്കിലോ തന്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് അറിയണം നാൻ ഗ്രന്ഥ അനുഭവത്തെ ഗവനിച്ചുകൊണ്ടേക്കണം അത് മാറാമ വിട്ട് മനസ്സിച്ചോ മനസ്സുഖത്തെ കൊടുക്കും മനസ്സ് എന്നും മുതലേ ഏതാവും സുഖത്തെ കാട്ടി അത് അനുഭവത്തിലെ നമ്മൾ ഇരുക്കും അപ്പം ദുഃഖത്തെ കൊടുക്കും മനോമണ്ഡലത്തിലെ സുഖ ദുഃഖങ്ങൾ കലർന്നിരിക്കും ബുദ്ധിയോട് മണ്ഡലത്തിലെ അറിവും അജ്ഞാനവും കലന്നിട്ടും ശരീര മണ്ഡലത്തിലെ ആരോഗ്യവും അനാരോഗ്യവും കലർന്ന എല്ലാം ദ്വന്ദ്വങ്ങളാണ് ദ്വന്ദ്വങ്ങൾ ഇല്ലാതെ നിൽക്കാനേയും വരില്ല പക്ഷെ ഈ ദ്വന്ദ്ങ്ങൾക്കൊക്കെ പുറകിൽ സുഖം ദുഃഖം ആരോഗ്യം അനാരോഗ്യം അറിവ് അജ്ഞാനം ഇത് രണ്ടും ഈ ദ്വന്ദ്ങ്ങളൊന്നും കൊണ്ട് സ്പർശിക്കപ്പെടാതെ പുറകെ ഒരു സ്ക്രീൻ ഉണ്ട് ഒരു അധിഷ്ഠാനമുണ്ട് എല്ലാവർക്കും ഉണ്ട് നമ്മളൊക്കെ നിരന്തരം അനുഭവിക്കണം അത് നമ്മളൊക്കെ അതിൽ തന്നെയായിരിക്കണം നമ്മളൊക്കെ അതായിട്ട് തന്നെയായിരിക്കണത് അതാണ് ഞാൻ എന്ന് തത്ര ആത്മത്വം ദൃഢീകരത്വം സത്സംഗം സത്സംഗം കൊണ്ട് എന്താ പ്രയോജനം ഇപ്പൊ പറയണമല്ലോ അതാണ് നിങ്ങളെന്ന് പറയാനാണ് സത്സംഗം അതാണ് നിങ്ങളെന്ന് പറയാനാ സത്സംഗം അത് വീണ്ടും വീണ്ടും നമ്മൾ സത്സംഗത്തിൽ നിന്ന് പറയുമോറും നമ്മൾ മനോമണ്ഡലത്തിൽ നിന്നും ശരീരത്തിൽ നിന്നും ബുദ്ധിയിൽ നിന്നും ഒന്ന് പിൻവാങ്ങി അവിടെ അല്പ അൽപ്പ അല്പം ഒരു സ്ഥിതി വരും അല്പല്പം ഒരു സ്ഥിതി വരും പലരും പറയും കേൾക്കുമ്പോൾ ഒരു ശാന്തി തോന്നണമോ ആ ശാന്തി എന്തുകൊണ്ട് വരണോ നമ്മളെ അറിയാതെ നമ്മൾ അവിടെ പോയി ഇരിക്കുന്നത് അത് ബോധപൂർവം ഇരിക്കാൻ പഠിക്കുകയാണെങ്കിൽ ബോധപൂർവം ആ തട്ടിൽ ചെന്ന് ഇരിക്കാൻ പഠിക്കുകയാണെങ്കിൽ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഞാനാണെങ്കിലും രക്ഷപ്പെടില്ലേ ഇത്രയുമൊക്കെ പറഞ്ഞിട്ടും ഞാനാണെങ്കിലും രക്ഷപ്പെടില്ലേ ഞാനാണെങ്കിലും വിഷമിക്കും അതുകൊണ്ടിപ്പോൾ എനിക്കെന്തെങ്കിലും വിഷമം വന്നാൽ അദ്ദേഹത്തിന് വിഷമം വന്നു എന്ന് പറഞ്ഞ് ഈ സിദ്ധാന്തത്തിന് പഴിക്കേണ്ട അദ്ദേഹം അതിൽ പഴച്ചു വിഷമം വന്നു മതി അത് നിങ്ങൾക്കാണെങ്കിലും അതെ എനിക്കാണെങ്കിലും അതെ ഇത് ഈ ഒരു വസ്തുസ്ഥിതി പിടികിട്ടാതെ നമുക്കൊന്നും രക്ഷ അപ്പൊ ഈ സത്യം നമ്മൾക്കൊക്കെ സിദ്ധമാണ് നമ്മളുടെയൊക്കെ അന്തരിയാമയാണ് ഞാനുണ്ട് എന്നുള്ള അനുഭവ രൂപത്തിൽ സിദ്ധമാണ് ആ അനുഭവത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താ അഹങ്കാരം അഹങ്കാരമാണ് അതുകൊണ്ട് അഹം ഇപ്പൊ ഈ മാർഗത്തിൽ ജ്ഞാനവിചാര മാർഗത്തിൽ അല്ലാതെയാണെങ്കിലും ഭക്തിമാർഗത്തിലാണെങ്കിലും ഈ അഹങ്കാരക്ഷയം ഉണ്ടായാൽ ഇത് പ്രകാശിക്കും അതുകൊണ്ടാണ് ഏത് മാർഗത്തിലൂടെയും ഇതിലേക്ക് വരുന്നത് ഏത് മാർഗത്തിലാണെങ്കിലും അഹങ്കാരം നശിച്ചാൽ അഹങ്കാരഗ്രഹാൻമുക്ത സ്വരൂപം ഉപപദ്ധ്യത ചന്ദ്രവത് വിമല സ്വയാ സദാനന്ദ സ്വയം പ്രഭ അഹങ്കാരമാവുന്ന രാഹുവിന്റെ പിടിയിൽ നിന്ന് വിമുക്തമായി ചന്ദ്രനെ പോലെ അഹങ്കാരഗ്രഹത്തിൽ നിന്ന് പിടിവിട്ടാൽ ശാന്തി തെളിയും സമാധാനം തെളിയി അമേതി വന്നു തുടങ്ങുന്ന അമൈതി നമ്മുടെ അത് അമേതിതാ നമ്മ സ്വരൂപം അത് അമേതില അഹങ്കാരം ഉണ്ടായി നാൻ കറത്താ നാക്താ വന്നിടാൻ കീഴ് വന്ന് കർമാവൽ എല്ലാം ബാധ ഏർപ്പെടും നാം പാടേ നെനച്ചപ്പം അതിലെ നെ വ്യക്തികളെ നമ്മ പാപ്പോ അത് വ്യക്തികളെല്ലാം ഇവ നല്ലവാ ഇവാ കെട്ടവാ ഇവാല ദോഷം എന്ന് സെക്രട്ടേറ്റ് പണിണ്ടേ ഇപ്പോൾ അത് സെക്രട്ടേശൻ പണ പണോ നമ്മ ശാന്തി എല്ലാം പോയിടൻസ് ഭേദമേ തരമാക്കാളോ അവ മനസ്സനമേ ആകാതെ കൊഞ്ചം കൊഞ്ചം പാത നമ്മളും പാകറോ ഇപ്പൊ നമുക്ക് യാറാവ് നാലുപേർ ഒരു നമ്മൾ എല്ലാം അവരെയും ഇല്ലാ വേറെ യാറാവ് വന്ന അവ എപ്പിടി അവക്കരുത് ഇത് ഏൻ വന്നത് ശരീരത്തെ പാകത്തിനാല മനസ്സ പാകാല ഇല്ല ശരീരത്തെ മനസ്സെയും പാക കൊഴക്കട്ടുല്ലയോ മോദകം മോദകത്തുള്ള വിനായക ചതുർഥിക്ക് പൂർണ്ണം കൊഴക്കട്ടേ കഷ്ട് ഇപ്പിന് പോർണത്തെ വെച്ച പൂർണ്ണമേ പോരുമേ അത് കൊടുത്താലും എങ്കോ ഒരു സീക്രട്ടാ ഒരു ഇടത്തിൽ പോയി മാവെല്ലാം കലിട്ട് ഉള്ളത് അല്ലെ പ്രസാദത്തെ കളയപ്പെടാതെ അപ്പൊ സ്വദത്തില മൂടിയ വയസാടികൃതി കുഴ അഭിപ്രായം തന്നെ സത്യം പൂർണ്ണമേ പോവാ പൂർണത്തോട് തന്നെ മാവോട് ഇല്ലേ മാവ് വന്ന് പക്ഷേ പൂർണ്ണത്തോട് സ്വാദ അടൽട്രേറ്റ് പടൽട്രേറ്റ് പണി ആസ്വദിക്കണം ഇത് നമ്മ അഭിപ്രായം ആ കുഴപ്പത്തെ ആസ്വദിക്കുന്നത് കൊഴക്കെട്ടൈക്കുള്ള ഒരു പൂർണം കൊഴക്കട്ടെ പാകാത്തവച്ചാ വെച്ച മാത്ര പൂർണ്ണം ഊഹിക്കുന്നത് ഉപ്പ് രസമാ നെച്ചൂരക്കേന്ന് പാത്ത ഉപ്പ് പിടിക്കാതെ വേണ്ട മധുരപ്രിയനാ ഒരുത്ത കുഴക്കട്ട്വനാൽ അവൻ മാവയെ പാകാർന്നാലും ഉള്ള പൂർണത്തെ രുചിച്ചിട്ടേ പാപ്പ ഇത് പൂർണ്ണം പൂർണ്ണം ഓരോ കുഴക്കട്ടെയോ ഉണ്ട് പിന്നാലെ എത്ര കുഴക്കട്ടെ ഇല്ലാത്ത കുഴക്കട്ട എല്ലാം പാകത്തെയും മാവ പാക പാക പൂർണത്തെ താ യ് മോദകത്തെ പാകത്ത മാവോ ടേസ്റ്റാ വരുന്നത് അത് പൂർണത്തോട് ടേസ്റ്റ് താ വരുന്നത് എല്ലാത്തുള്ളയും പൂർണ്ണം പൂർണ്ണം ആ പൂർണത്തെ തെരിഞ്ഞകാതവൻ മാവേ പാത്ത എല്ലാം ഉപ്പുരസം ഉപ്പുരസം ഉപ്പുരസം അപ്പൊ പൂർണ്ണത്തെ സ്ഥിതിയും എതിലെയും പൂർണ്ണം ആദായ പൂർണ്ണമേവ അവശിഷ്യത പൂർണ്ണമൂർണത്തിലേക്ക് അന്ത ആത്മാവത്മാവ് ഇന്ത് ആത്മാവ് എല്ലാം ചേർന്ന് ഒരേ ആത്മാവ് അത് ആത്മാവേത്തി അത് പൂർണ്ണത്തെ മോദകമാ പരേ വസ്തു അത് ഒരേ വസ്തുത പല വേഷം പോട്ട ധ്യാനം പണ വേണ്ട വിഷയം ഭഗവാനേ ചെലർ പ്രപദേശം പണി പരമാ പരമേണ സമാധിന ഏകാന്തത്തില സമാധി അഭ്യാസം പാനം പണ് നമുക്ക് പിടികിട്ട് ഇല്ലെങ്കിൽ നല്ല വണ്ണം ഏകാന്തത്തിലും മനനം ചെയ്യണം ഈ സത്യത്തിന് സ്ത്രീകളായിട്ടും പുരുഷന്മാരായിട്ടും നമുക്ക് ഇഷ്ടപ്പെട്ടവരായിട്ടും ഇഷ്ടപ്പെടാത്തവരായിട്ടും നമ്മളുടെ ദുഃഖത്തിന് മുഴുവൻ കാരണം രാഗദ്വേഷമാണ് ഈ രാഗദ്വേഷമൊക്കെ വെച്ചുകൊണ്ട് കാലൊക്കെ മടക്കി പിടിച്ച് പ്രാണായാമം ചെയ്ത് യോഗാഭ്യാസം ചെയ്തിട്ടൊന്നും കാര്യമില്ല ഈ രാഗദ്വേഷം ബുദ്ധി കൊണ്ട് അറിഞ്ഞുകൊണ്ട് പതുക്കെ പതുക്കെ പതുക്കെ മാറ്റാമെങ്കിൽ യോഗാഭ്യാസമോ ധ്യാനമോ എന്ന ആവശ്യമില്ലേ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ തന്നെ മനസ്സൊന്നും ചലിക്കില്ല മനസ്സ് എന്തിനും ചലിക്കണം നിങ്ങൾ ജപിക്കാനിരിക്കുമ്പോൾ മനസ്സ് ചലിക്കണമെന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക എന്തിനെക്കുറിച്ച് ചലിക്കണോ എന്തോ തനിക്ക് ഇഷ്ടമുള്ള വസ്തു അല്ലെങ്കിൽ എറുപ്പുള്ള വസ്തു അതിനെങ്ങനെ ചിന്തിക്കും അല്ലെങ്കിൽ വലുതും ചിന്തിക്കുമോ ചിന്തിക്കുകയില്ല സകലതും ഭഗവത് സ്വരൂപം എന്നുള്ള തത്വത്തിന്റെ പ്രാക്ടിക്കൽ വശം പ്രായോഗിക വശം എന്താണെന്ന് വെച്ചാൽ മനസ്സ് ചലിക്കണില്ല അല്ലാതെ ബുദ്ധി കൊണ്ട് എല്ലാം ഭഗവാൻ ഭഗവാൻ ചിന്തിക്കണമെന്ന് പോലുമില്ല മനസ്സിൽ ശാന്തി ഉണ്ടോ പ്രത്യേകിച്ച് ഒരു വ്യക്തികളെക്കുറിച്ചും ഉള്ളിൽ ചിന്തിക്കണില്ലേ രാഗം കൊണ്ടോ ദ്വേഷം കൊണ്ടോ ചിന്തിക്കണില്ലേ വ്യവഹാരത്തിന് വേണ്ടിയൊക്കെ അവരെ വിളിക്കൂ ഇവരെ വിളിക്കൂ അവരി ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മൾ വ്യവഹാരത്തിന് വേണ്ടിയൊക്കെ പറയും വ്യാവഹാരികം പക്ഷെ ആന്തരികമായിട്ട് ഒരാളെയും അതിനകത്തേക്ക് കടത്തരുത് ഉള്ളിലേക്ക് ഒരാളെയും കടത്തരുത് യാതൊരു നാമരൂപത്തിനെയും അകമേക്ക് കടത്താതിരിക്കുകയാണെങ്കിൽ അങ്ങനെ കടത്താതിരിക്കണമെങ്കിൽ ഈ അഹമേവാസമേവാഗ്രേന അന്യജസത്പം കാണുന്നതൊക്കെ അഖിലം താനിതെന്ന വഴി കാണേണമേ വരത നാരായണായ ഞാനെന്ന ഭാവം ഉദിക്കാതിരിക്കണമെങ്കിൽ അങ്ങനെ കാണണം അല്ലെങ്കിൽ ഞാൻ ഉദിക്കും ഞാൻ ഉദിച്ചു കഴിഞ്ഞാലോ അവൻ വരെ ഇവൻ വരെ അതുവരെ ഇതുവരെ നമ്മൾ എവിടെയോ നമ്മൾക്ക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് മനഃശാസ്ത്രത്തിലോ അവരും ഊരും ഒക്കെ പക്ഷെ ഈ മനഃശാസ്ത്രത്തിലൊന്നും കയറിയ അതൊന്നും റിലേഷൻഷിപ്പൊന്നും ശരിയാവേയില്ല പരസ്പരം ബന്ധപ്പെടാനേ ആളുകൾക്ക് പറ്റുന്നില്ല എല്ലാവരും ഐലൻഡ് ഐലൻഡ് ഐലൻഡ് ആണ് ബന്ധപ്പെട്ട എന്താ കുഴപ്പം എന്ന് വെച്ചാൽ കുറ്റം കാണും അപ്പൊ ബന്ധപ്പെടാതിരിക്കുക അതാണ് നല്ലതെന്നാണ് ഇപ്പോഴത്തെ സിദ്ധാന്തം എല്ലാരും ഞാന് എന്റെ ഭാര്യ എന്റെ കുട്ടി അതും അവരുടെ ശമ്പളം വേറെ എന്റെ ശമ്പളം വേറെ കുട്ടി വലുതായ വേറെ വഴി ഏകമേവ അദ്വിതീം അറിയാതെ നമുക്കൊക്കെ ഒന്നായിട്ട് നിക്കണം എന്നുണ്ട് പക്ഷെ അത് ശരീരത്തിലായി മാത്രം എല്ലാവർക്കും അറിയാതെ ഒന്ന് തനിയാവണം സമാധാനത്തോടെ ഇരിക്കണമെന്നുണ്ട് സമാധാനം എവിടെ നിന്ന് വരും സകല ബന്ധങ്ങളിലും സകലവിധ വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളിലും അഥമാം സർവേഷു ഭൂതേഷു ഭൂതാത്മാനം കൃതാലയം അരുഹയേ ദാനമാനാഭ്യാം മൈത്രിയാ അഭിമേന ചക്ഷുഷ കപില ഭഗവാൻ പറയണു അമ്മേ സകല ഭൂതങ്ങളോടും ബന്ധപ്പെടുമ്പോ അവരിലൊക്കെ ഞാനാണ് ഇരിക്കണതെന്ന് കണ്ടോളാന്നു അങ്ങനെ കാണുക എന്നിപ്പോൾ പറഞ്ഞാൽ ഇപ്പൊ ഇതൊരു കോൺസെപ്റ്റ് ആവും അതിന് ആദ്യം എന്ത് വേണം തൻ്റെ ഉള്ളിൽ കാണണം അതിനാണോ എപ്പോഴും പ്രാമുഖ്യം അത് കാണാതെ പറ്റിയേ ഇല്ല അല്ലാതെ ബുദ്ധിയുടെ മണ്ഡലത്തിൽ ഇത് ബ്രഹ്മമാണ് ആത്മാവാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യം തൻ്റെ ഉള്ളിലുള്ള ആൾ ആരാണ് ഈ ഞാൻ എന്താണ് ആരാണ് ഈ കണ്ണിലൂടെ കാണുന്നത് ആരാണപ്പോൾ ഇരുന്നുകൊണ്ട് ഈ ചെവിയിലൂടെ കേൾക്കണത് ഇത് എന്നെ ഒരു മരിച്ച ശരീരത്തിനെ കൊണ്ടുവന്നിരുത്തിയാൽ സത്സംഗ കുതുകിയായ ഒരാൾ മരിച്ചു അദ്ദേഹത്തിന് ഭാഗവത സബ്ദാഹത്ത് കൊണ്ടുവന്നിരുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ കേൾക്കാൻ പറ്റുമോ കേൾക്കുമോ ശാപ്പാടില് നല്ല രുചിയുള്ള ആളാണ് അച്ഛനോട് വളരെ പ്രിയം മരിച്ചു കഴിഞ്ഞിട്ട് അയാളുടെ വായിൽ പായസം ഒഴിച്ചു കൊടുത്താൽ നടക്കുവോ നമ്മളിപ്പോൾ വായിക്കരിയിടുക മുതലായിട്ടുള്ള സമ്പ്രദായം പോലും വിരോചനന്റെ വംശത്തിന്ന് വന്നതാണെന്നാണ് പറയണത് ഉപനിഷത്ത് പറയണം വിരോചനൻ ദേഹാത്മവാദം പഠിച്ചപ്പോ ഉണ്ടാക്കിയതാണ് അത്ര ഈ ചെവിയിലേക്ക് വായിലേക്ക് അരിയിടുക മുതലായ സമ്പ്രദായം പോലും അവിടുന്ന് വന്നു എന്നാണ് എന്നുവെച്ചാൽ മരിച്ച ശരീരം പിന്നെ എന്തു ചെയ്യും തമിഴ്നാടൊക്കെ പോയാൽ ഒരുപാടാണ് മരിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ അച്ഛനോ അമ്മയോക്ക് ശ്രദ്ധിക്കില്ല അതിനു മുമ്പൊന്നും ശ്രദ്ധിക്കില്ല മരിച്ചു കഴിഞ്ഞാൽ അത് ലോറിയില് സിംഹാസനത്തിൽ ഇരുന്ന് പോകും കഴുത്തില് മാലയൊക്കെ ഇട്ടിട്ട് വാദ്യഘോഷത്തോടെ കൊണ്ടുപോകും ജീവനോട് ഇരിക്കുമ്പോ ആരും ഇല്ല ശ്രദ്ധിക്കാൻ അതിനെ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ സെന്റടിക്ക പൂശിയത് ചെയ്യ കൊണ്ടുപോയി കത്തിച്ച അതിനാണിപ്പോ ആഘോഷം മുഴുവൻ മരിച്ചു കഴിഞ്ഞാൽ എവിടെ അടക്കം ചെയ്യണം എന്നുവെച്ചാൽ അടക്കം ചെയ്ത് പെട്ടിയിട്ട് മൂടി മൂടി മൂടി ഇപ്പൊ സ്ഥലം കിട്ടാതായി കഴിഞ്ഞു ആളുകൾക്ക് പെട്ടിയിലിട്ട് മൂടി വെച്ച് അതിനകത്തെ കുറെ സാധനം സെമിറ്റിക് റിലീജിയൻ പറയും സെമിറ്റിക് റിലീജിയൻസിന് മുഴുവൻ ശവമാണ് മുഖ്യം അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ ഈ ഈജിപ്തിലൊക്കെ മമ്മീസ് മമ്മിന്ന് വെച്ചാൽ ശവം എന്നാണ് അർത്ഥം അത് ഈജിപ്തിലുള്ള പിരമിഡ്സിന്റെ ഉള്ളിലൊക്കെ ഈ ശവത്തിനെ കൊണ്ടുവച്ചിട്ട് മമ്മീസിനെ കൊണ്ടുവച്ചിട്ട് ആ മമ്മികൾക്ക് കഴിക്കാനായിട്ടുള്ള ഭക്ഷണം പദാർത്ഥങ്ങൾ സ്വർണം രത്നം ഒക്കെ അതിനകത്ത് കൊണ്ടുവയ്ക്കുന്നത് എന്നാൽ ചത്തു കഴിഞ്ഞിട്ടാണ് ഇപ്പൊ അതൊക്കെ അത്രയധികം ദേഹാത്മബാധം പ്രചാരത്തിൽ മഹാത്മാക്കളുടെ കാര്യത്തിലും അവർ എത്ര നിഷേധിച്ചാലും അവരുടെ കാലത്തിന് ശേഷം ശരീരത്തിന് ചൊല്ലി ചണ്ട ഉണ്ടായിട്ടണം കബീർ എല്ലാ മുസ്ലിംസിന്റെ ഇടയിലും ഉണ്ടായിരുന്നു ഹിന്ദുക്കളുടെ ഇടയിലും ഉണ്ടായിരുന്നു അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശവത്തിനെ സംസ്കരിക്കണം എന്നൊരു ഭാഗം അല്ല തീ വയ്ക്കുകയാണ് വേണ്ടത് എന്ന് വേറെ ഒരു ഭാഗം രണ്ടുപേരും ബഹളം അവര് കുഴിച്ചിടണമെന്നും തീ വെക്കണമെന്നും പെട്ടിയിലിട്ടും പോടണമെന്നും അവസാനം അദ്ദേഹത്തിന്റെ ശവം തുണി തുറന്നു നോക്കിയാ ഒരുപടി പൂവായിട്ടിരുന്നു അത്ര പുഷ്പം വേറെ ഒന്നുമില്ല ആ പകുതി പുഷ്പത്തിനെ കൊണ്ടുപോയി അവര് പെട്ടിയിലിട്ട് കൂടി പകുതി പുഷ്പത്തിനെ ശർത്തിച്ചു അപ്പോഴും വെട്ടില്ലാന്ന് അർത്ഥം നോക്ക എത്രയധികം പ്രബലമാണ് ഈ അജ്ഞാനം അപ്പോ ഭഗവാൻ പറഞ്ഞു ഹേ ബ്രഹ്മാവേ നല്ലവണ്ണം പരമേണ സമാധിന അത് നല്ലവണ്ണം അറിഞ്ഞ എന്താ പ്രയോജനം ഭഗവാൻ കൽപ്പവികൽപ്പേഷൂ നഭിമുഖ്യത്തിക്കർഹിച്ച് ഇനി എത്ര യുഗങ്ങളും കൽപ്പവികൽപ്പങ്ങളും ഉണ്ടായാലും താങ്കൾക്ക് മോഹം വരാതിരിക്കണമെങ്കിൽ ഇവിടെ രണ്ടാമതൊന്നും തന്നെയില്ല ഏകമേവ അദ്വിതീയം ഈ തത്വം അറിഞ്ഞാൽ കൂട്ടത്തിന്റെ നടുവിലും തനിയെ ഇരിക്കും എന്നാണ് പറയണത് ആചാര്യസ്വാമി എന്താ ആരുമില്ലല്ലോ ഏകമേവ അദ്വിതീയം ഇത് ഗുരുവാക്യൈ ഹി സുനിശ്ചിതം ഏതത് ഏകാന്തം മഠോന വനാന്തരം കാട്ടിനുള്ളിൽ പോയി ഇരുന്നാലോ ഒരു മഠത്തിൽ ഇരുന്നാലോ ഒന്ന് ഏകാന്തം കിട്ടില്ല ഏകമേവ അദ്വിതീയം ഇത് ഗുരുവാക്യേ ഹി സുനിശ്ചിതം ഇവിടെ മറ്റാരും ഇല്ല എന്ന് ഗുരുവാക്യം കൊണ്ട് ആര് നിശ്ചയിച്ചിരിക്കുന്നു ഓ അവര് ഏത് കൂട്ടത്തിൽ ആളുകളുടെ നടുവിലിരുന്നാലും ഒക്കെ തനിയെ തനിച്ച് ഏകാന്തത്തിലായിരിക്കണം അരണ്യത്തിലാണ് അരണ്യം എന്നാണ് ജനകൻ പറയണത് സദസ്സിലിരിക്കണത് ജനകനോട് ചോദിച്ചു അവിടുന്ന് ഇങ്ങനെ സിംഹാസനത്തിലിരുന്ന എങ്ങനെ സമാധാനമായിട്ട് ഞാൻ അരണ്യത്തിലായിരിക്കണതെന്ന് രണം ഇല്ലാത്ത ഇടവാണ് അരണ്യമേ അതായത് ഉള്ളിൽ ഒരു കോൺഫ്ലിക്റ്റും ഇല്ലാന്നർത്ഥം ആരോട് യുദ്ധമില്ല ചണ്ടില്ല ഒന്നുമില്ല രണ്ടാമത്തൊന്നുമില്ല രണ്ടാമതൊരു വസ്തുല്ല അതറിഞ്ഞാൽ ഇനിയിപ്പോ ബ്രഹ്മാവിനോട് ഭഗവാൻ പറഞ്ഞു ഇനി സൃഷ്ടിയൊക്കെ ചെയ്തുകൊള്ളാന്നാണ് എന്നുവെച്ചാൽ ഇത് അറിഞ്ഞിട്ട് ഇനി ഉണ്ടാകുന്നിരിക്കേണ്ട സകല ഏടാകൂടവും പ്രവർത്തിക്കുക ആദ്യം ഏറ്റവും വലിയ ഏടാകൂടം പ്രവർത്തിച്ചത് ബ്രഹ്മാവാണല്ലോ നമ്മളെയൊക്കെ വെച്ചല്ലേ എത്ര മെനക്കേട് സ്കൂളിൽ പോണം പഠിക്കണം ജോലിക്ക് പോകണം കുട്ടികളെ നോക്കണം എത്ര വിഷമാ ഈ സൃഷ്ടി മുഴുവൻ തുടങ്ങി വെച്ചത് അദ്ദേഹമാണ് അപ്പൊ ഇന്ന തത്വത്തെ നല്ല ദൃഢം പണിണ്ട് അപ്പറ എന്നാ പണുങ്ങോ ആലയെല്ലാം പണ പോ കഷ്ടം അഭിമാനം തൃപ്പിയും വന്ന് പിടിച്ച് സുമ അടുക്കളയിലപ്പോ ചമയെല്ലാം പണിണ്ട് ദോശയെല്ലാം പണിണ്ട് ഇഡ്ലി എല്ലാം പണിണ്ട് കാപ്പി ടീ എല്ലാം പണി എക്കലാം അത് അപ്പുറം തത്വം തെരഞ്ഞിട്ടാച്ചാ അവർ ആശ്രമം തുടങ്ങി ശിഷ്യാ കൊടുക്കേന അതിലും ഒരു അഹങ്കാരം വന്നിരുന്നു ശിഷ്യാൾക്കാളെ ഞാനികളെല്ലാം കുറങ്ങു മാത്രം വിളയാട വെച്ചിടുവെല്ലാം വന്ന് അവതാര പുരുഷ സാക്ഷാത് ഭഗവാൻ മുക്കാരു പാത പൂജ പണ്ടോ നമ്മൾ എന്തേഹത്തെ നാളെല്ലാം അവ നമ്മളെല്ലി തരുവാഹം ഇങ്ങ ആത്മാെല്ലാം തേവം പാത പൂജ പണ്ടോ ദൃഢം മുന്ന അതിനൊഫൻ മാറ്റാ പോകും സൗഖ്യമ തോന്നിണ്ട് അപിയേ ആരുടെയും പേണ്ടു പോട്ടിണ്ട് യാക്കും തരമ തൃടന പോലെ ജഡർ ഭാഗവതത്തിലെ തൃടന പോലെങ്ങി യും കാട്ടി കൊടുക്കാമ എങ്ക മഹാത്മാട്ട് പിന്നാലോ വന്ന് വിടുവടോട്ട് പൈത്തമാതിരി നെടിച്ചിട്ട് എതോ അറിവില്ലാത്ത മടയ മാ അപ്പി ഇപ്പൊടി തപ്പിച്ചിട്ട് പോന്നാ നമ്മും വെളിയിലും പരിസാ പ്രാപ്ലും ഇല്ലേ അതേ സമയം സത്സംഗം നമുക്ക് കിടക്കും കിടക്കും സത്സംഗത്തിലെ തിക്കണമ അവ സത്സംഗത്തെ നമുക്ക് വന്ന് ആടിപ്പാ ഒരു ഇടത്തേട്ടുംബുക്ക് ലെട്ടർ പോട ഫോൺ പണ എറുംബന്തുക്കും എങ്കോ വന്നയ അത് മാറി എങ്കോ ഇടത്ത് ആത്മാനുഭവം അത് നിസർഗാതാ മഹാരാജ് ബോംബെ ഒരു മഹാത്മാർക്കും ബോംബേകീഡി തരക്കെ വേല യാരും പോവാടാ എപ്പാക്ഷ പോലെ ഉക്കാൻ താവാ അവർ പാകത്ത് മഹാത്മാ ജ്ഞാനിയാർ യാരത് ഇങ്ങനെ ചല്ലിവിട്ട രണ്ട് പേരെ വിട്ടാർ അവരെ ബീഡി വെച്ചിട്ട് ഞാനിയൊ ബീഡിയ ഓംദേവ ബീഡിയ അത് ഇങ്ങലമേ ഉനക്ക് ഏപാധിയെ പാകത്ത് തന്നെ നമുക്ക് തരും ഉള്ള വസ്തുവ പാക വസ്തു സ്വതന്ത്രം പൂർണ്ണ <asthma> ി ശാന്തി നടക്കണം പ്രാല്പോസ് വരുമാനം നയത്ത യുവങ്ങൾക്ക് അപ്പം ചിലപ്പോൾ എല്ലാം നമ്മളാതാ പ്രചാരം യാാരും പ്രചാരം നമ്മളാ ഒരു മാഗസീൻ തുടങ്ങി നമ്മളെ എഴുതി പോകും മഹാത്മാറ പോലും അവാർഡ് കൊടുക്കലേ മീറ്റിംഗ് പോട്ടമെല്ലാം കൊടുക്കണം പ്രസാരമായി അപ്പം എട്ടുകാലി അത് മാറ്റിക്കുള്ള കഷ്ടപ്പെട്ടു തായ്മാർ മരത്തെ വെട്ടി കുളിന്ന് പാദിയാ പളപ്പാ പരമാട്ട് അടുത്ത കൂടേണ്ട മരത്തുളങ്ങന പണിത്തോ കാ മരത്തുളയിൽ കാളതായി ആപൈത്തുവിട്ട കുരങ്ക പോലെ അത് ആപ്പ ഇടുത്ത ആപതായി അസൈത്തുവിട്ട കുരങ്ക പോലെ അകപ്പെട്ടീരേ കിടന്ന് ഉളല അകപ്പെട്ടീരേ അത് ആപ്പയും ഇടുത്ത് കാളയും പോട്ട് വെളിയിലെ വര മുടാ അകപ്പെട്ടീര് കിടന്ന് ഉഴല അകപ്പെട്ടേങ്ക അകപ്പെട്ട വര മുടിയേ അകപ്പെട്ടേ ഞാനം വന്നിട്ടും സഹജം ഞാനം മോസ്റ്റ് സാധനം കുഴപ്പം എത്ര സന്തോഷമാക്കോടെ നമ്മ എന്നോ അവ കഷ്ടപ്പെട്ട് പഠിക്കും ഏ ബി ഇത് പൂനെ ഇത് നായ് ഇത് മാടു ഭേദം എല്ലാം അത് ചിത്തപ്പാ പെപ്പാ അവടാ ഇപ്പി അപ്പാ അമ്മ ഹിപനോട്ടൈസ് നമ്മ അജ്ഞാനത്തെ നമ്മൾ സഹജമാ നമ്മ ഞാനത്തില സന്തോഷത്തിലെ അഴും എത്ര നേരം അഴും അത് അഴു പോയി ഞാനികളും കുഴിങ്കുക്കൾ ഒരു കുഴ കുഴ എല്ലാം അമയത്തിലും അതോടൊപ്പം മറന്നിട സന്തോഷമാ നമുക്ക് സഹജം നമ്മളാ ഇതിലെയാ പോയി മാറ്റിക്കാമ ഒരു വഴി എന്നി സത്സംഗം അങ്ങ ഭാഗവത സത്താമ അത ഇത് പ്രവചനം എങ്കോ ഇരുന്ന് എങ്കയോ സത്സംഗത്തെയും ഏകാന്തത്തിലും ധ്യാനത്തിലും ജപത്തിലും ആത്മവിചാരത്തെയും സത്കരന്ത പാരായണ അട കീഴെ പോർമാല നമ്മളാ പോയി മാറ്റിക്കാമ നമ്മളാ ഉദെയും തുടങ്ങി വെച്ച് തലയില പോ കഷ്ടപ്പെടാട്ടോം ശാന് വന്നു നിമ്മതി വന്നു അത് നിമ്മതി സദഗുരു കിട്ടുന്ന കിടക്കുന്നതും അത് നിമ്മതി തന്നാലും ഗുരു കിട്ട അപ്പൊരുാട്ടിറ്റ്യൂഡ് എത്രയോ ജന്മാവ നമുക്ക് അന്തര്യാമിതാ ഗുരു നമുക്ക് ഉള്ള ഒളിഞ്ചിന് അത് അന്തര്യാമി എന്ന ഉരുപടമാട്ടേ പാകമാട്ടേ അത് അന്തരയമി വെളിയ ഒരു രൂപത്തിന് വന്ന് വാർത് ഐയനേ അനന്ത ജന്മങ്ങൾ എനാണ്ടയ്യനേ അനന്ത ജന്മങ്ങൾ എന്നത് ഉള്ളേ ഇരുന്ന് എനക്ക് ഉള്ളേ ഇരുന്ന് എനാണ്ടയ്യനേ ഉപദേശിക്കുരുവേ പോറ്റി കൈവല്ലവനീതം തമിഴ് വേദാന്ത ഗ്രന്ഥം ഉപദേശിക്ക വെളിവു പോറ്റി ഉയേ മുക്തി നൽകും ഉദവിക്ക് അവർ എന്നി എങ്കിലും കൊടുത്ത സ്വരൂപമേ മുക്തി ഉയ മുക്ലകും ഉദവിക്ക് ഓർ ഉദവി നായേൻ നാ ഒരു നായ് തെരുക്കട നായ് പോൽ തേർന്നതേ തേർന്നതേ തേർന്ന് തെരുക്കടയില് കിടച്ചതെല്ലാം തീർന്ന മാറി ലോകത്തിലെല്ലാം അനുഭവിച്ച ഉയവേ മുക്തി നൽകും ഉദവിക്ക് ഉദവി നായേൻ ചെയ്യുമാർും കാണത് നമസ്കാരം പോറ്റി പോ നമസ്കാരം പണ്ടേ അപ്പൊ ഗുരുക്കൊരു ദക്ഷിണ കൊടുക്കല എന്നിണ കൊടുക്കലാ ശിഷ്യൻ ഇവർ കൂടെ ഇപ്പൊ ശിഷ്യൻ കനിന്ന് നോക്കി മകിഴ്ന്ന് നോക്കി സന്തോഷമാ പാത്താരാം എന്നാ ഏതോ ഒരു ജീവൻ സത്യത്തെ പുരിഞ്ഞ നില നിന്നുത്തേങ്ങ സന്തോഷം ദേശികൻ കനിന്ന് നോക്കി കിട്ടവായനവേ അഴൈത്ത് തൻ കിട്ടുകൂപ് ദുഷ്ടമാം തടകൾ മൂന്നും തുടരാത വണ്ണം സംശയം വിപരീത അജ്ഞാനം ഈ മൂന്ന് വിധത്തില് തടസ്സമുണ്ടെന്നാണ് ഇപ്പൊ ഇവിടുന്ന് കേൾക്കുമ്പോഴൊക്കെ ഇത്തിരി മനസ്സിലാവണ പോലെ ഉണ്ടാവും കുറച്ച് അങ്ങനെയൊക്കെ ആവോ സംശയം അല്ലെങ്കിൽ പറയുന്നത് വിപരീതമായി ധരിക്കുക തന്റെ ശരീരമാണെന്ന് ഭ്രമിക്കുക അജ്ഞാത്മ ഈ മൂന്നും തടസ്സവും ഇല്ലാതെ സ്വരൂപജ്ഞാന ഈ സ്വരൂപജ്ഞാനത്തിൽ ദൃഢനിഷ്ഠയോടെ ഇരിക്കുമെങ്കിൽ നീ ചെയ്യും ഉദവിയാമേ നീ എനിക്ക് ചെയ്യുന്ന ഉപകാരമായി നീ എനിക്ക് ചെയ്യുന്ന വലിയ ഉപകാരമായി അന്ത അത് അതിലേന്ത് ചലിക്കാമെറിക്കരുത് തന്നെ എന്നാൽ അഹങ്കാരം ഉദിക്കാമെടുക്കരുത് നാം ഉദിയാതെ ഉള്ള നില നാം അതുവായി ഉള്ള നില ഞാനെന്ന് ഭാവമത് തോന്നായിക വേണം തോന്നുക എന്ന് വെച്ചാൽ ഉദിക്കാതെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ പൂർണ്ണമായിരിക്കും അഹങ്കാരം ഉദിക്കുമ്പോഴൊക്കെ ഖണ്ഡനം വീഴും അവിടെ ഖണ്ഡ സംവിത് സംവിദ് ഖണ്ഡിക്കപ്പെടും ബോധം ഖണ്ഡിക്കപ്പെടും അഹങ്കാരം ഉദിക്കാത്ത സ്ഥിതിയിലോ പൂർണ്ണമായിട്ട് ഇരിക്കണോ നമ്മുടെ भगवत्व अहंकार उदा एं क्यों लोक शक्ति अश्वरत्व स्वतःत्व ई तत्व चतुश्लोगी भागवत सकल भगवत्स्वरूप भगवा बोधिपु ब्रह्मावुभवूत എങ്ങനെയാ ആ വാക്ക് സ്വയം അനുഭവത്തിൽ ഇരുന്നു കൊണ്ട് പറയുമ്പോൾ അനുഭവത്തോടുകൂടി അത് ഹൃദയത്തിൽ ചെല്ലും സ്വീകരിക്കണ ആൾക്ക് പക്വതയുണ്ടെങ്കിൽ അപ്പൊ തന്നെ അനുഭവം ഉണ്ടായിപ്പോകും ശ്രവണ മാത്രം കൊണ്ട് ആവരണം നീങ്ങി സ്വരൂപാനുഭവം ആവരണം നീങ്ങലും മാത്രമേ ഉള്ളൂ പണി ഒരു ആവരണം ഉണ്ടുള്ളിൽ ആ ആവരണം നീങ്ങിയാൽ യോഗികളും അതാണ് പ്രകാശാവരണ ക്ഷയഹ എന്നാണ് പതഞ്ജലി മഹർഷി പ്രകാശത്തിനെ ആവരണം ചെയ്തിരിക്കുന്നു ആ ആവരണം നീങ്ങിയാൽ പ്രകാശമുണ്ട് ആ ആവരണം നീങ്ങാനാണ് ഭാഗവതത്തിൽ ഇങ്ങനെ കഥയും സ്തുതികളും പറഞ്ഞ് ഇങ്ങനെ ഈ ബ്രഹ്മവിദ്യയെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം പതുക്കെ പതുക്കെ നമുക്ക് ഭാഗവത പഠനം തന്നെ അറിഞ്ഞുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ ഒരു ശ്രവണമാണ് വേറെ പറഞ്ഞു തരുമൊന്നും വേണ്ട പ്രഭാഷണമൊന്നും വേണ്ട അറിഞ്ഞുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ ഈ ശ്രവണം തന്നെ ഉള്ളിൽ ചെത്തി ചെത്തി ചെത്തി അജ്ഞാനം പോകും തെളിച്ചം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും സ്പാർക്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഉള്ളിൽ ഓരോരിക്കും ഓരോ ശ്ലോകം നമുക്ക് ദർശനം തരും ഓരോ ഭാവം നമുക്ക് ദർശനം തരും ഓരോ മണ്ഡലം നമുക്ക് ദർശനം തരും അങ്ങനെ പതുക്കെ തെളിഞ്ഞ് തെളിഞ്ഞു വരികയാണെങ്കിലോ ആത്മതത്വ വിശുദ്ധ്യർത്ഥം യഥാഹവാൻ ഋതം ബ്രഹ്മണേ ദർശയൻ രൂപം അവ്യളീക വ്രതാദൃത യാതൊരുവിധ കാപട്യവുമില്ലാതെ ബ്രഹ്മാവ് തപസ് ചെയ്തതുകൊണ്ട് ഭഗവാൻ സദ്ഗുരുവായി മുമ്പിൽ വന്ന് പറഞ്ഞു എന്തിനാ പറഞ്ഞത് ആത്മതത്വ വിശുദ്ധത്വം ആത്മതത്വം എല്ലാവരുടെ ഉള്ളിലുണ്ട് തൈരില് വെണ്ണമുള്ള പോലെ പക്ഷെ കടഞ്ഞെടുക്കുമ്പോഴാണോ വിശുദ്ധി കടഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്ന പോലെ പറയുമോറും നമുക്ക് ആത്മതത്വ വിശുദ്ധി ഉണ്ടാവും കേൾക്കും തോറും തെളിച്ചമുണ്ടാവും തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞ് ഈ ശരീരം മനസ്സ് ബുദ്ധി ഇതിൽ നിന്നൊക്കെ വേർപിരിഞ്ഞ് ഞാൻ എന്നുള്ള അനുഭവം സ്വതന്ത്രമായി തൈരിൽ നിന്നും വെണ്ണ പിരിഞ്ഞു വരുന്ന പോലെ ആ പിരിഞ്ഞു വരുന്നതാണ് ആത്മതത്വ വിശുദ്ധി ആ വിശുദ്ധി ഉണ്ടാവാനായി യഥാഹവാൻ ഋതം ഏതൊരു തത്വത്തിനെ ഭഗവാൻ പറഞ്ഞു ബ്രഹ്മണേ ദർശയൻ രൂപം ഭഗവാൻ ബ്രഹ്മാവിന് സദ്ഗുരുവായി മുമ്പിൽ ദർശനം കൊടുത്ത് അവ്യളീക്രതാദൃത യാതൊരു വിധത്തിലുള്ള കപടവും ഇല്ലാതെ കപടം എന്ന് വെച്ചാൽ എന്താ അഹങ്കാരത്തിന് വല്ല ആഗ്രഹവും മോട്ടീവ് വെച്ചുകൊണ്ടായിരിക്കും പലപ്പോഴും ഈ തപസ് ചെയ്യുന്നതും സാധന ചെയ്യുന്നതും ഒക്കെ അതുകൊണ്ടാണ് വസ്തു കിട്ടാത്തത് യാതൊരു മോട്ടീവും ഉള്ളിൽ ഇല്ലാതെ അധ്യാത്മമാർഗത്തിൽ വന്നാൽ കൈഞ്ഞൊടിക്കുന്ന വേഗത്തിൽ ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്കു കരസ്ഥമാകുവീലെന്ന ഉപനിഷതുക്തി രഹസ്യം ഓർത്തിടയണം ഈ ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപം എന്താണ് ഈ ത്രിപുടി എന്താ ഞാൻ എന്നുള്ള അഹങ്കാരം തന്നെ ബേസിക്കത്തിന്റെ അത് മുടിഞ്ഞ് സ്വരൂപാനുഭവം ഉണ്ടാവണമെങ്കിൽ കപടയതിക്കു കരസ്ഥമാകുകയില്ല കപടയക്തി എന്ന് വെച്ചാൽ വേഷം കിട്ടുന്ന ആൾ എന്നുള്ള അർത്ഥത്തിലല്ല ഉള്ളിൽ എന്തെങ്കിലും അഹങ്കാരത്തിന് മോട്ടീവുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ പറ്റില്ല എനിക്ക് സുഖം കിട്ടണം എന്നുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ പോലും പറ്റില്ല എനിക്ക് ലോകത്തിൽ വലിയ ആളാവണം വലിയ ആചാര്യനാവണം ആഗ്രഹം ഉണ്ടെങ്കിൽ പറ്റില്ല അതൊക്കെ കിട്ടും നമ്മൾ യോഗത്തിൽ മുന്നേറും തോറും നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കും പക്ഷേ ഇതിൽ നിന്നും പറ്റിക്കപ്പെട്ടു പോകും ഈ സ്ഥിതിയിൽ നിന്നും പറ്റിക്കപ്പെട്ടു പോവും അപ്പൊ അവ്യളീകവ്രതം യാതൊരു വിധ അവ്യലീകവ്രതം യാതൊരു വിധത്തിലുള്ള നമ്മളെ തന്നെ നമ്മൾ പറ്റിക്കുന്നതും കാപ്പ്യമാണ് മറ്റുള്ളവരെ പറ്റിക്കണമെന്നില്ല മറ്റുള്ളവരെ പറ്റിക്കണമെന്നൊന്നുമില്ല നമ്മളെ തന്നെ നമ്മൾ പറ്റിക്കും ഭക്തിയാണ് ശുദ്ധ ഭക്തിയാണെന്നൊക്കെ വിചാരിക്കും പക്ഷെ എന്തെങ്കിലുമൊക്കെ അതിന്റെ അടിയിൽ വെച്ചിട്ടുണ്ടാവും ഇത്തിരി എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാവും സർവീസ് ആണോ എന്നൊക്കെ പറയാം ആളുകൾ എത്ര സോഷ്യൽ സർവീസാണ് നടക്കുന്നപ്പോ അതൊക്കെ ശരിക്കും സർവീസ് ആണെങ്കിൽ അവർക്കൊക്കെ ചിത്തശുദ്ധി ഉണ്ടായി ഭക്തി ഉണ്ടാവുള്ളൂ എന്താ ആ എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവും ഫോട്ടോ എടുത്തോളൂ കൊടുക്കണ്ട ആരെങ്കിലുമൊക്കെ ഒരറിയണം ചെറിയ ചെറിയ കാര്യം മുതൽ കൊണ്ട് ഈ ഉള്ളിൽ കാപ്പട്യമില്ലെങ്കിൽ ചിത്തശുദ്ധിയുണ്ടായി സ്വരൂപജ്ഞാനം ഉണ്ടാകും അങ്ങനെയാണ് ഭഗവാൻ ബ്രഹ്മാവന് ഇത് ഉപദേശിച്ച് ബ്രഹ്മാവിനോട് പറഞ്ഞു ഹേ ബ്രഹ്മന് ഒരേ വസ്തുവാണ് പ്രപഞ്ചക്കാരാണേ വിൽക്കുന്നത് ഒരു സ്വർണം മാലയായും വളയായും മോതിരമായും കിരീടമായും കങ്കണമായിട്ടും ഒക്കെ മാറണം വാസ്തവത്തിലുള്ളത് സ്വർണ്ണമാണ് പറയണ ഒരു പേര് പറയുമ്പോൾ വള മാല മോതിരം കിരീടം എന്നൊക്കെ പറയും പക്ഷെ ഉള്ളതോ സ്വർണം നമുക്ക് ഭേദമുണ്ട് വള വേണം മാല വേണ്ട മോതിരം വേണം കങ്കടം വേണ്ട എന്നൊക്കെ പറയും കക്കാൻ വരുന്ന കള്ളന് വല്ല ഉണ്ടാവോ വീട്ടിൽ കക്കാം മോഷ്ടിക്കാൻ വരുന്ന കള്ളൻ എനിക്ക് വള വേണ്ട മാല മതി മോതിരം വേണ്ട എന്ന് അല്ല പഴയ മാലയാണ് പുതിയ മാലയാണ് വല്ല ഭേദമുണ്ടോ അയാൾക്ക് പാറ്റേൺ വല്ലതും നോക്കുവോ കക്കാൻ കള്ളൻ അയാൾ സ്വർണം മാത്രമേ നോക്കുള്ളൂ കനകൈക മഹാബുദ്ധിഹീന അതേപോലെ സ്റ്റഫ് മാത്രമേ നോക്കൂ വസ്തുവിനെ മാത്രമേ നോക്കുകയാണെങ്കിൽ ഭേദമേ ഇല്ല വസ്തു പുറമേക്ക് നാമരൂപത്തിന് നോക്കുമ്പോൾ ഒക്കെ വേറെയാണ് ഒരാളും ഒരേപോലെ ആവാൻ പറ്റില്ല നമ്മൾ സോഷ്യലിസം ഒക്കെ പറയാമെന്നല്ലാതെ ഒന്നും നടക്കില്ല എന്താ എല്ലാവരും വേറെ വേറെയാണ് പുറമേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാവരും വേറെയാണ് ജാതി മതമൊക്കെ ഒന്നാക്കണം എന്നൊക്കെ പറയാം വേറെ എന്തെങ്കിലും മറിഞ്ഞു ചണ്ടുപോകണു അപ്പൊ സമൂഹത്തിൽ സമത്വം കൊണ്ടുവരാനൊന്നും അല്ല ഈ വേദാന്തം നമ്മളുടെ ഉള്ളിൽ സമത്വം കൊണ്ടുവരാൻ വ്യക്തിക്ക് സത്യം കണ്ടെത്തി സ്വതന്ത്രമാവാം സമൂഹത്തിന് സത്യം കണ്ടെത്താൻ സാധ്യമല്ല നാരായണ ഗുരുസ്വാമിയൊക്കെ പ്രചരിപ്പിച്ചു കാര്യമൊക്കെ ശരി അതുകൊണ്ടൊക്കെ പൊക്കെ ഒന്നായോ വേറൊരു വിധത്തിൽ ചണ്ട കൂടാൻ തുടങ്ങി അത്രയുള്ളൂ ഒന്നുപോയി അവസാനം അദ്ദേഹം തന്നെ പറഞ്ഞു എത്ര തലമുടി പോലെയാണ് വെട്ടും തോറും വളരും പക്ഷെ അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ ലാസ്റ്റ് ആവല്ലോ അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് ഒരു വിധത്തിലൊരു മാറ്റം വന്നു പക്ഷെ ആ മാറ്റം കൊണ്ട് ശണ്ടയോ ദ്വേഷമോ ഒന്നും പോയില്ല രാഗദ്വേഷം വേറെ വേഷം ഉള്ളൂ വേറെ ഒരു വേഷം കിട്ടി മഹാത്മാക്കൾക്കും ഉണ്ടേ ലോകം നന്നാക്കാനുള്ള അജ്ഞാനം കുറെ കഴിയുമ്പോൾ വിവേകാനന്ദ പറഞ്ഞു അവസാനമാവുമ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം എഴുത്തിലുണ്ട് പ്രമാണം പറഞ്ഞു എന്നൊന്നും അദ്ദേഹത്തിന്റെ ലെറ്റേഴ്സിലുണ്ട് നിങ്ങൾ വായിച്ചു നോക്കൂ ഞാൻ ചെയ്ത പ്രവൃത്തിയൊക്കെ ശുദ്ധമേ അസംബന്ധമാണ് വിവേകാനന്ദ സ്വാമി പറയാം ഗുരു ലോകത്തിൽ പ്രചാരണം ചെയ്തതും ഒക്കെ ശുദ്ധ കപടം ഇവിടെ ഒന്നുമില്ല ഒരേ ഒരു പരമാത്മ വസ്തുവേ ഉള്ളൂ ഇവിടെ ഞാൻ ഗുരു സ്വാമി എന്ന് പറയുന്നതൊക്കെ കള്ളം രാമകൃഷ്ണ പരമഹംസരുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ആ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്ന ഏതൊരു കുട്ടിയുണ്ടോ ആ കുട്ടിയെ എപ്പോഴും ഉള്ളു അത് മാത്രമാണ് സത്യം ബാക്കി ഇവിടെ ലോകത്തിൽ എന്ത് ചെയ്യാനാണ് വിവേകാനന്ദ സ്വാമി തന്നെ കർമ്മയോഗ ടോക്ക് അവസാനം അദ്ദേഹം പറയുന്നു ലോകം വാലുപോലെയാണ് നിവൃത്തം പറയും പക്ഷെ ഒരു ഗുണമുണ്ട് നിവർത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഒടുവ് വിളവ് അജ്ഞാനം പോകും അത് വിട്ടുവെക്കുക പുറകെ വരുന്ന ആളുകൾക്കും വേണം അവരും ഇത് ചെയ്യാൻ പോണം എത്ര കാലമായി വാല് നിവർത്തുന്നതിലെ എത്ര അവതാരങ്ങൾ എത്ര യോഗികൾ വാല് പിന്നെയും വിളയും അപ്പൊ ഇത് സമൂഹത്തിന് വേണ്ടിയിട്ടല്ല അറിവില്ലാത്തവരെ അങ്ങനെയൊക്കെ എഴുതും പക്ഷെ നമ്മൾ അറിഞ്ഞോളണം ഒരാളെയും നമ്മളുടെ ശരീരത്തിനെ തന്നെ നമ്മളുടെ കൺട്രോളിലോ നിയന്ത്രണത്തിലോ കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റില്ല വേറെ ഒരാളോട് നീ ഇങ്ങനെ പെരുമാറണം എന്ന് ഞാൻ എങ്ങനെ പറയും എനിക്ക് തന്നെ പറ്റുന്നില്ല എനിക്കൊരു ഉപാധിക്ക് ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ട് അതിനനുസരിച്ചാണ് ഞാൻ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് വേറെ ഒരാളുടെ ഉപാധിയോട് പറയണം എന്റെ പെരുമാറാൻ ശരിയില്ല നീ ഇങ്ങോട്ട് മാറി വേറെ വിധത്തിൽ വാ എന്ന് പറഞ്ഞാൽ നടക്കോ അപ്പൊ ഇത് പുറമേക്ക് ഉപാധികളെ മാറ്റാനോ സമൂഹത്തിനെ മാറ്റാന്ന് വെച്ചാൽ എന്താ ഉപാധികളെ മാറ്റലാണല്ലോ ഉപാധികളെ മാറ്റല്ല പ്രകൃതെ അന്യഥാഭാവോന്ന് കഥഞ്ചിത് ഭവിഷ്യതി എന്നാണ് പ്രകൃതിയെ മാറ്റി ഇതറിഞ്ഞാൽ സമാധാനമായിട്ടിരിക്കാം വീട്ടിൽ എന്ത് വി ആളുകളൊക്കെ വിപരീതമായിട്ടിരിക്കുകയാണെങ്കിൽ സമാധാനമാ അവരെങ്ങനെയേ ഇരിക്കുള്ളൂ ഇരിക്കട്ടെ ഈ പ്രജാപതികളിൽ കശ്യപ പ്രജാപതി ഉണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരു ഭാര്യ അതിഥി ഒരു ഭാര്യ ദിതി അതിഥിയുടെ മക്കൾ ദേവന്മാർ ദിതിയുടെ മക്കൾ അസുരന്മാർ ആ വീട് എങ്ങനെയുണ്ടാവും എന്നാലോചോ രണ്ടുപേരും എപ്പോഴും തല്ല് അടി ബഹളം അതിഥി എന്ന് പറയാം എന്റെ മക്കൾക്ക് എന്തെങ്കിലും ജയിക്കാൻ വരം തരണം തഥാസ്തു എന്ന് പറയത്രേ കശ്യപൻ ദിതി എന്ന് പറയാം എന്റെ മക്കളെയൊക്കെ ദേവന്മാർ തോൽപ്പിക്കണോ വരം തരണം തഥാസ്തു രണ്ടുപേരും തല്ലു അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കും അത്രേ അതാണ് പശ്യക എന്നാണ് പശ്യക കശ്യപോഭവത്ത് കശ്യപ പശ്യകോഭവത്ത് കശ്യപൻ എന്തുകൊണ്ട് പേര് വന്നു വെച്ചാൽ നോക്കിയിരിക്കുന്ന ആളെന്നാണ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക ഓക്കെ എന്താ അദ്ദേഹം നല്ലവണ്ണം പ്രകൃതി ഇങ്ങനെ ഉണ്ടാവുള്ളൂ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളുടെ മക്കളാണെന്നേ അവര് സ്വതന്ത്ര ജീവൻ ഏതോ ജീവൻ ഈ ശരീരത്തിനെയൊക്കെ ആശ്രയിച്ചുകൊണ്ട് ലോകത്തിലേക്ക് വരണോ അത് നമ്മളുടെ മ പുത്രനാണ് ഞാൻ ഉണ്ടാക്കിയ കുട്ടിയാണെന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ അത് നമ്മളുടെ കുട്ടിയൊന്നുമല്ല അത് ഏതോ ഒരു ജീവൻ ഓരോ ഏതോ ഒരു ശരീരത്തിനെ ആശ്രയിച്ചുകൊണ്ട് ഒരു അച്ഛനെ അമ്മയെ ആശ്രയിച്ചു കൊണ്ട് ലോകത്തിലേക്ക് വരണം അത് സ്വതന്ത്രം നമ്മളുടെ കൈ ഇങ്ങനെ ആക്കണ പോലെ മകനെ നിൽക്കാൻ പറയാൻ പറ്റുമോ വരൂ പോകൂന്ന് പറയും എന്തിനാ വയ്ക്കും എനിക്കിഷ്ടമില്ല മനസ്സില്ലാന്ന് പറയും വിളിച്ചാൽ വരിയ പ്രകൃതിയാണത് സ്വതന്ത്ര ജീവൻ ഇത് അറിഞ്ഞാൽ തന്നെ ലോകം നന്നാക്കാനല്ല വേദാന്തം നമ്മളുടെ ഉള്ളിൽ ശാന്തി ഉണ്ടാവ് നമ്മളുടെ ഉള്ളിൽ ശാന്തി ഉണ്ടായാൽ നന്നാക്കാൻ ഇവിടെ ലോകമൊന്നുമില്ല ലോകമൊക്കെ തനിയും നന്നാവും എന്താന്ന് വെച്ചാൽ ലോകമേ ഉണ്ടാവില്ല ഏകനാഥ് മഹാരാജ ഏകനാഥി ഭാഗവതത്തിൽ പറയണു ആ ഇരുപത്തിനാല് ഗുരുക്കന്മാരുടെ കഥ പറയുമ്പോൾ പറയണു ആ അവധൂതം നടന്നു വരുമ്പോ ഓരോ നോട്ടത്തിൽ നോക്കുന്നിടത്തൊക്കെ അദ്ദേഹം ലോകത്തിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് എന്താന്ന് വെച്ചാൽ കാണുന്നിടത്തൊക്കെ അദ്ദേഹം ബ്രഹ്മത്തിനെയാണ് കാണുന്നത് ലോകത്തിനെ കാണുന്ന ഓരോ വസ്തുക്കളെയും നാമരൂപത്തിനെ മാറ്റി പൂർണമായി കണ്ടുകൊണ്ട് നടക്കുന്നത്ര അദ്ദേഹം അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ ലോകമേ ഇല്ല മഹർഷിയോട് എത്രയോ പേര് പറഞ്ഞു രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു മഹർഷി പറഞ്ഞു ഞാനിവിടെ ഒന്നും കാണുന്നില്ല ഏത് ലോകത്തിൽ യുദ്ധം എവിടെ ഇനിയിപ്പോ ലോകം എന്ന് കാണുകയാണെങ്കിൽ യുദ്ധം സ്ഥലം കാലം എപ്പോഴാ ഉള്ളത് എന്തെങ്കിലും പ്രശ്നമില്ലാത്ത കാലം എന്തെങ്കിലുമൊക്കെ പറയൂ ശരി പ്രായോഗികമായിട്ട് നമ്മൾ ചിന്തിക്കണം എന്ന് ചിലർ പറയും അങ്ങനെയാണെങ്കിൽ അപ്പൊ യുദ്ധം ഇല്ലാതാക്കും പ്രായോഗികം പ്രായോഗിക അതാണല്ലോ ഇവിടെ നിന്ന് ലഹള കൂട്ടിയേ ബഹളം കൂട്ടിയെ ഒന്നും പാടില്ല നേരെ പോകണം രണ്ടുപേരോടും വർത്തമാനം പറഞ്ഞു യുദ്ധം ഇല്ലാതാക്കും അതൊന്നും പറ്റില്ല ഇന്നും മിണ്ടാതിരിച്ചു നിങ്ങളുടെ സമാധാനം അടുത്തുള്ളവരുടെ സമാധാനം ഒക്കെ എന്തിനു കേടുവരുത്തണം ശാന്തി ഉള്ളിൽ നേടി ലോകത്തിൽ നമ്മൾക്ക് എന്ത് കർമ്മമോ എവിടെയിരിക്കണോ ഏത് കർമ്മമോ ആ കർമ്മരംഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് കർത്തൃത്വവും ഭോക്തൃത്വവും ഇല്ലാതെ ഒന്നും പുറമേക്ക് മാറ്റിമറിക്കാതെ ഉപാധിക്ക് എന്ത് ധർമ്മമോ എന്ത് പ്രവൃത്തിമണ്ഡലമോ ആ പ്രവൃത്തിമണ്ഡലത്തിലും ആ ധർമ്മത്തിലും ഉപാധി ഇരിക്കട്ടെ ഞാൻ ഞാനിരിക്കേണ്ട ഇരിക്കണം അങ്ങനെ ഇരിക്കുന്നതാണ് ഭാഗവതധർമ്മം അങ്ങനെ നമ്മൾക്ക് ഭഗവാൻ നമ്മളെ ഏത് സ്ഥലത്ത് വെച്ചിരിക്കുന്നുവോ ആ സ്ഥലമാണ് നമുക്ക് മുക്തിക്ക് ഏറ്റവും നല്ലതായ സ്ഥലം അതുകൊണ്ടാണല്ലോ ഭഗവാൻ നമ്മൾ ഒരു പ്രത്യേക സ്ഥലത്ത് ജനിപ്പിച്ചിരിക്കുന്നതും പ്രത്യേക രീതിയിൽ കൊണ്ട് ജീവിച്ചിപ്പിക്കുന്നതും ആ ഭഗവത് ശക്തിക്ക് അടങ്ങിക്കൊടുത്ത് ശരീരം അങ്ങനെ പ്രവർത്തിക്കട്ടെ മനസ്സ് അങ്ങനെ പ്രവർത്തിക്കട്ടെ ഞാൻ ശാന്തിയോടെ ഇരിക്കാം എന്റെ ശാന്തി ഇതുകൊണ്ടൊന്നും ബാധിക്കപ്പെടാതെ ഇരിക്കുകയാണെങ്കിൽ ഭാഗവതധർമ്മമായി ഈ ഭാഗവത ധർമ്മ അതുകൊണ്ടാണല്ലോ ഭഗവാൻ ബ്രഹ്മാവിന് തത്വോപദേശം ചെയ്ത് ബ്രഹ്മാവെ സൃഷ്ടിയൊന്നും ചെയ്യേണ്ട സന്യാസം എടുക്കൂ പറഞ്ഞില്ല സൃഷ്ടി ചെയ്യൂ അത്യധികം ഏടാകൂടമായിട്ടുള്ള കാര്യം ചെയ്തോളൂ അർജുനനോട് ഭഗവാൻ പറഞ്ഞു ഈ തത്വം അറിയൂ എന്നിട്ട് യുദ്ധസ്വഭാരത എന്നാണ് അർജുനനോട് പറയാലോ ഒന്നും ചെയ്യരുത് യുദ്ധമൊന്നും ചെയ്യരുത് ഞാൻ പഞ്ചപാത്രമോ കമണ്ടലുവോ ഒക്കെ തരാം എന്ന് കൃഷ്ണൻ പറയേണ്ടതല്ലേ പറഞ്ഞില്ല യുദ്ധം ചെയ്യുമെന്നാണ് ഈ വേദാന്തം നമുക്ക് വിട്ടിപ്പോ വിട്ടുപോയിരിക്കണം ഇപ്പോ അപ്പൊ ഒട്ടനെ എന്താന്ന് വെച്ചാൽ ഒട്ടനെ ഒരു ഓർഗനൈസേഷൻ തുടങ്ങുക ആശ്രമം തുടങ്ങിയ എന്തെങ്കിലും തുടങ്ങാം മെഡിറ്റേഷൻ ക്ലാസ് കുറെ ആളുകൾ പത്മാസനത്തിൽ കണ്ടു തുടച്ചിരുന്ന് മനസ്സിൽ മുഴുവൻ ചിലതൊക്കെ ചില ടെക്നിക്കൊക്കെ ചെയ്ത ഒരാഴ്ച രണ്ടാഴ്ചയ്ക്ക് എന്തോ തുള്ളും ഉള്ളിൽ അപ്പൊ ഒരു സുഖം അത് ഈ പ്രാണശലനമൊക്കെ ഉണ്ടായ സുഖം അവർ ഉടനെ സുഖബ്രഹ്മ മഹർഷി ആയി എന്ന് വിചാരിക്കും അങ്ങനെയൊന്നും തത്വം അറിയുക പക്വപ്പെടുക അവരവരുടെ പ്രാരബ്ധത്തിനനുസരിച്ച് ശരീരം ജീവിക്കട്ടെ പ്രാരബ്ധത്തിനും ജ്ഞാനത്തിനും യാതൊരു ബന്ധവും ഇല്ല അതറിയാനാണ് നമ്മളുടെ പുരാണങ്ങളും ഋഷികളും പലതരത്തിലുള്ള ജ്ഞാനികളെയും നമ്മളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് എല്ലാ തരത്തിലുമുള്ള ആളുകളെയും നിങ്ങൾ കാണാം ഒരു മഹാ ഭാരതത്തിൽ മാംസം വെട്ടി വിൽക്കുന്ന ഒരു ജ്ഞാനിയുണ്ട് ഇതിനു ഇനി വേണോ അപ്പൊ നമ്മളുടെ ഉപാധിയെ ചലിപ്പിക്കാനല്ല ഉള്ളിൽ ജ്ഞാനം ഉണ്ടാവുന്നത് കൊണ്ടാണ് ശാന്തി പുറമേക്ക് ഒന്നും മാറ്റുകയോ മറിക്കുകയോ ചെയ്യുന്നത് കൊണ്ടും ശാന്തിയില്ല ഇവിടുന്ന് ആശ്രമങ്ങളിൽ പോയി താമസിച്ച സുഖം ഉണ്ടാവുമെന്ന് വിചാരിക്കും നമ്മൾ ഒരാഴ്ചയ്ക്കൊക്കെ ഉണ്ടാവും പുറത്തുനിന്ന് പോയി അവിടെ താമസിക്കുന്നവർക്ക് ഒരാഴ്ച രണ്ടാഴ്ചയ്ക്കുണ്ടാവും പിന്നെ പതുക്കെ പതുക്കെ അവിടുത്തെ കുഴപ്പങ്ങളൊക്കെ നമ്മൾ കാണും നമ്മളുടെ വക കോൺട്രിബ്യൂഷൻ ഓഫ് കുഴപ്പവും കൊടുക്കും അവിടെ അവിടെ പോയാലും അസമാധാനം എഫ് രക്ഷാമാർഗമേ ഇല്ല നിങ്ങൾ ബദ്രീനാഥിൽ പോയാലും ശരി കേദാർനാഥിൽ പോയാലും ശരി ഹിമാലയത്തിൽ ഗുഹയിൽ പോയിരുന്നാലും ശരി ഇതേ മനസ്സും കൊണ്ടാണല്ലോ പോണത് ഇതേ അജ്ഞാനവും കൊണ്ടാണല്ലോ പോണത് വൈകുണ്ഠത്തിൽ പോയി ജയവിജയന്മാരെ കുഴപ്പം ഉണ്ടാക്കണം ഇപ്പൊ അടുത്ത് പോയി നമുക്ക് എത്ര ജയവിജയന്മാരെ ഉണ്ടാവും അറിയണം അപ്പം എവിടെയാണെങ്കിലും രക്ഷയില്ല ഉള്ളില് നമ്മൾ സംസ്കരിച്ച് രാഗദ്വേഷങ്ങളെ അടക്കി ജ്ഞാനത്തിനെ ദൃഢമാക്കി പ്രവർത്തിക്കണമുള്ളത് പ്രവൃത്തി ഉള്ളിലാണ് ഫസ്റ്റ് ഉള്ളിലാണ് കിട്ടുന്നത് അവിടെ കിട്ടി നമുക്ക് ശാന്തി ആയാൽ സത്യം അല്ലെങ്കിൽ നഷ്ടമായി ഈ തത്വം ഭഗവാൻ ബ്രഹ്മാവിന് ഉപദേശിച്ചിട്ട് പറഞ്ഞു ബ്രഹ്മാവെ സൃഷ്ടി നമ്മളോടും ഭഗവാൻ പറഞ്ഞു ഇതറിഞ്ഞിട്ട് നിങ്ങൾ ലോകത്തിലെ അവരവരുടെ ധർമ്മം എന്താന്ന് വെച്ചാൽ അതാത് ചെയ്യൂ ഒന്നും പുറമേക്ക് ഉപേക്ഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ഒരിടത്തും ഓടിയിട്ട് കഴിയില്ല അവരവരുടെ ധർമ്മം ചെയ്യ ഈ അറിയേണ്ടത് അറിഞ്ഞിട്ട് ഞാൻ ധർമ്മം ചെയ്യണമെന്നുള്ള ഭാവത്തോടെ ഒന്നും ചെയ്യരുത് അതങ്ങോട് നടക്കട്ടെ ഇനിയിപ്പത് വിട്ടുപോവുകയാണെങ്കിൽ ഓ അത്രയും നല്ലത് വിട്ടുപോട്ടെ ആ ധർമ്മം നമ്മുടെ കർമ്മ നമ്മളെ വിട്ടുപോവുകയാണെങ്കിൽ ഓ വിട്ടുപോട്ടെ അത്രയും നല്ലത് സന്യാസത്തിനുള്ള യോഗം ഭഗവാൻ തരാണോ ശരി സന്യാസം ഇല്ല സംസാരിയായിട്ടിരിക്കാനാണോ ഭഗവാനെ സന്യാസിയും സംസാരിയും ഒക്കെ ശരീരമാണ് ഞാനല്ല ശരീരം സംസാരിയായിട്ടോ സന്യാസിയായിട്ടോ രാജാവായിട്ടോ ഭിക്ഷുവായിട്ടോ സ്ത്രീ ആയിട്ടോ പുരുഷനായിട്ടോ കൊച്ചുകുട്ടിയായിട്ടോ വൃദ്ധനായിട്ടോ എന്തോ വേഷം കെട്ടെ ഇത് വേഷമാണ് ഈ വേഷത്തിനും സ്വരൂപത്തിനും സമ്പർക്കമേയില്ല ഈ വേഷത്തിനെ മാറ്റിയത് സ്വരൂപത്തിൽ ഒരു വിധത്തിലുള്ള ഏൽപ്പിക്കാൻ പറ്റില്ല അതൊരു ഭ്രമമാണ് ഉണ്ട് എന്നൊക്കെ തോന്നും ആദ്യം കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഒന്നും ആയിട്ടില്ല എന്ന് മനസ്സിലാവും അപ്പോൾ അവനവന്റെ ധർമ്മത്തിൽ ഇരുന്നുകൊണ്ട് ശാന്തിയാണ് വേണ്ടതെങ്കിൽ നമ്മളൊന്നും മാറ്റിമറിക്കാൻ പറ്റില്ല സർവാരംഭ പരിത്യാഗി എന്നാണ് ഭഗവാൻ പറയുന്നത് സർവാരംഭ പരിത്യാഗി നമ്മളായിട്ടൊന്നും സിറ്റുവേഷൻ നമുക്ക് ഭഗവാൻ അനുവദിച്ചു തന്നോ അതിലൂടെ പോയിക്കൊണ്ടേ ഇരിക്കാം ഞാനൊരിക്കെ ഈ ജ്ഞാനം ഇത്രയൊക്കെ ഒരു ഉറപ്പ് വരുന്നതിന് മുമ്പ് ഈ പ്രഭാഷണം ഇങ്ങനെ ചെയ്യണം അവരുടെ ഇരുനാമതി എന്നൊക്കെ വിചാരിച്ചു വേണ്ട ഭഗവത്ഗീത തുറന്നു അപ്പൊ ഭഗവാൻ പറഞ്ഞു അഹങ്കാരമാശ്രിത്യ നയോത്സേ മന്യസേ മിഥ്യവസായ പ്രകൃതി സ്വാം നിയോക്ഷ്യും നീ അങ്ങനെ തീരുമാനിച്ചിട്ട് ഞാൻ ചെയ്യില്ല എന്നൊക്കെ ഇത് മിഥ്യയാണ് പ്രകൃതി തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്താന്ന് വെച്ചാൽ ഈ പ്രകൃതി അതിനുവേണ്ടി ഉണ്ടായിട്ടുള്ളതാണ് അത് ചെയ്യണോ അത് അത് അതായിട്ട് ചിലപ്പോഴൊക്കെ വിട്ടുപോകും ചിലപ്പോഴൊക്കെ വേണ്ട എന്നുള്ള ഭാവം വരും പ്രകൃതി അതിന് കൂട്ടുക അങ്ങനെയാവട്ടെ അപ്പൊ എല്ലാവർക്കും ആ ഒരു പ്രകൃതി ഒരു മാർഗം കാണിച്ചു തന്നിട്ടുണ്ട് ട്രെയിൻ ഓടാൻ ഒരു ട്രാക്ക് തന്നിട്ടുണ്ട് ആ ട്രാക്കിൽ വെച്ചിട്ടുണ്ട് അതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും അത് സ്വഭാവം സ്വഭാവം ഞാനല്ല ഞാൻ സ്വരൂപമാണ് സ്വരൂപത്തിന് മാറ്റമേ ഇല്ല സ്വഭാവം എല്ലാവരുടെയും വേറെ വേറെ വേറെയാണ് അതുകൊണ്ടാണ് പല ആളുകളും പറയും ഈ ജ്ഞാനം ഞാനും പറഞ്ഞിട്ട് എന്ത് കാര്യം പ്രായോഗികമായിട്ട് വലതും പറയണം പറയും പ്രായോഗികമായിട്ട് പറയേണ്ടത് ഒന്നും ശരിയാവില്ല എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും വേറെ വേറെ സ്വഭാവമാണ് എനിക്ക് പ്രായോഗികമായിട്ടുള്ളത് നിങ്ങൾക്ക് പ്രായോഗികമാവില്ല നമ്മൾക്ക് ഒന്നായിട്ടുള്ളത് ഉള്ളൂ നമ്മളുടെ സ്വരൂപം അത് അറിഞ്ഞിട്ട് അവരവരുടെ സ്വഭാവത്തിനെ അവരവർ വേണം പരിഭാഗപ്പെടുത്തി അവരവരുടെ വഴിക്ക് നടക്കണം അത് സ്വഭാവം എങ്ങനെ വേണമെങ്കിൽ നടക്കട്ടെ അത് അവരവരുടെ സ്വഭാവം അവരറിഞ്ഞോളണം പക്ഷെ സ്വരൂപം എല്ലാവർക്കും ഒന്ന് സ്വഭാവം എല്ലാവർക്കും വരും അവരവരുടെ മാർഗം ഭക്തിയോ ഭക്തി ജ്ഞാനമോ ജ്ഞാനം യോഗമോ യോഗം ജപമോ ജപം കർമ്മമോ കർമ്മം എല്ലാത്തിനനുസരിച്ച് അവരവരുടെ പ്രകൃതിക്ക് അനുസരിച്ച് അവരവരുടെ ശരീരം ലോകത്തിൽ നിഷ്കാമ്യമായിട്ട് കർത്തൃത്വ ഭോക്തൃത്വമില്ലാതെ പ്രവർത്തിച്ചാൽ ജീവിതത്തിൽ കഴിയുന്നതും കോൺഫ്ലിക്ട് ഇല്ലാതെ സമാധാനത്തോടെ ശാന്തിയോടുകൂടി ജീവിച്ച് ധന്യതയോടുകൂടെ ജീവിച്ച് പൂർണ്ണമായി ജീവിച്ച് പൂർത്തിയാക്കാൻ കഴിയും മാത്രമല്ല നമ്മളുടെ സമ്പർക്കം മറ്റുള്ളവരോടുള്ള സമ്പർക്കവും കഴിയുന്നതെന്നും നമുക്ക് സമാധാനമായിട്ടിരിക്കും കുട്ടികളും മക്കളും ഭാര്യയും ബന്ധുക്കളും ഒക്കെ നമ്മൾ അവരെ ചാടിക്കയറും ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാരും കൂടെ നിൽക്കും ആരെയും നിങ്ങൾ അങ്ങനെ ഇരിക്കണം അങ്ങനെ ഒരു നിർബന്ധം എങ്ങനെയാണെങ്കിൽ വരുന്നോളൂ നമ്മളെ കൊണ്ട് ആവണോ നമ്മൾ ചെയ്തു കൊടുക്കണു വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണോ ബാക്കി അവരെന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യം അതാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കണം എന്താ മറ്റുള്ളവരിൽ നിന്ന് അവര് നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു തരണം നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ അവർ ഇതാണ് എന്റെ ഇഷ്ടം ഇതേ കാര്യം ഞാൻ മറ്റുള്ളവരോട് ചെയ്യുകയാണെങ്കിൽ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്ക അവരുടെ സ്വാതന്ത്ര്യത്തിൽ അവർക്ക് ഞാൻ ഹിതം ചെയ്യണമെന്ന് ചാടിക്കാറും എങ്ങനെയാ എന്ന് പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ചെറിയ കാര്യങ്ങളൊക്കെ പ്രായോഗികത്തിൽ വെച്ചുകൊണ്ട് ഘവ വശിഷ്ടൻ രാമനോട് പറയുന്നത് ഹേ രാമ ആശയി പോൽ ഉലഗിൽ വിളയാട് വീരാ ഹേ വീരാ ആശയി പോൽ ഉലഗിൽ ഇവിടെ ആശയെന്ന് വെച്ചാൽ എന്താ ഡിസേർന്നല്ല പ്രാരബ്ദം എന്റെ പ്രാരബ്ദത്തിനനുസരിച്ച് ആശയി പോൽ ഉലഗിൽ വിളയാട് വീര ഇതാണ് ഭാഗവതധർമ്മം ഈ ഭാഗവതധർമ്മത്തിന് ബ്രഹ്മാവ് ഭഗവാനിൽ നിന്നും സ്വീകരിച്ചു ബ്രഹ്മാവ് നാരദ മഹർഷിക്ക് കൊടുത്തു നാരദ മഹർഷിയുടെ ഉപാധി എന്താ കണിമൂട്ടി കൊടുക്കുക അല്ലെ അദ്ദേഹം മാറ്റിയോ വല്ലതും അദ്ദേഹം എവിടെന്നെങ്കിലും എങ്ങനെയൊന്നും പാടില്ല എന്ന് വല്ലതും വിചാരിച്ചു ആരോ നാരദനൊരു ശാപവും കൊടുത്തു അവരടുത്തും ഇരിക്കാൻ പറ്റില്ല പൊയ്ക്കൊന്നും ദക്ഷൻ ഓ താങ്ക് എന്ന് പറഞ്ഞു അദ്ദേഹം എന്നാ നടക്കാലോ എവിടെയെങ്കിലും ഇരുന്നാലാണ് എടാവടം കൊഴപ്പം ഇങ്ങനെ നടക്കുക അവിടെ പോയിട്ട് ഇവര് നിങ്ങളെ ഇങ്ങനെ പറഞ്ഞു എന്ന് മഹാത്മാക്കളുടെ ഇടയിൽ ഇങ്ങനെയുള്ള ആളുകൾ നാരദന്റെ പ്രകൃതിയുള്ള ആളുകളുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം അവരെന്ത് ചെയ്യും ദേഷ്യപ്പെടുകയുള്ളതിനാൽ അവിടെ പറയും അവിടെ ഉള്ളതിന് രണ്ടിൽ അവർക്ക് ബന്ധമൊന്നുമില്ല യാതൊരു ഉദ്ദേശമില്ല അവരുടെ ഉപാധിയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ദുർവാസ ജ്ഞാനിയല്ലേ ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കും ചീത്ത പറയും പക്ഷേ അദ്ദേഹത്തിന് ഉള്ളിലൊന്നുമില്ലേ അദ്ദേഹം ദേഷ്യപ്പെട്ടാലും ഗുണമുണ്ടാവും ചീത്ത പറഞ്ഞാലും ഗുണമുണ്ടാവും അങ്ങനെ നടക്കും നാരദൻ പറഞ്ഞു കൊടുത്തു നാരദൻ വന്നു വ്യാസന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു വ്യാസൻ ശ്രീശുഖന് പറഞ്ഞു കൊടുത്തു ശ്രീശുഖൻ ഇതാ പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കണം നമുക്ക് പരമ്പരയാതായി ഇവിടെ കിട്ടിയിരിക്കണം എത്രയോ മഹാത്മാക്കളിലൂടെ ഒരേ ജ്ഞാനം ഒരേ വിളക്ക് കൊളുത്തി കൊളുത്തി കൊളുത്തി കൊളുത്തി കൊളുത്തി വരണ പോലെ ഒരേ ജ്ഞാനം എത്രയോ ജ്ഞാനികളിലൂടെ പരമ്പര പരമ്പരയ വന്നു ഇവിടെ ഇതാ തൃതീയസ്കന്ധത്തിൽ കർദ്ദമ പ്രജാപതിയെ പ്രജാപതി ദേവഹൂതിയെ വിവാഹം കഴിച്ചു മനുവിനും ശതരൂപയ്ക്കും ജനിച്ച ദേവഹൂതിയെ കർദമപ്രജാപതി വിവാഹം കഴിച്ചു വിവാഹം കഴിച്ച് കുറേക്കാൾ അദ്ദേഹം തപ്പോനിഷ്ഠനായിരുന്നു പിന്നീട് വീണ്ടും യൗവനം അദ്ദേഹത്തിന് യോഗം കൊണ്ട് യോഗശക്തി കൊണ്ട് അതിലനേക പെൺകുട്ടികൾ ജനിച്ചു അവസാനം അതിലൊരു പുത്രൻ ജനിച്ചു അദ്ദേഹം പറഞ്ഞു പുത്രൻ ജനിച്ചാൽ ഞാനിങ്ങനെ പരിപ്രാതകനായി പുറപ്പെടുമെന്നാണ് കുറേ പെൺകുട്ടികൾ ജനിച്ചു അദ്ദേഹത്തിന് പിന്നെ ഒരു പുത്രൻ ജനിച്ചു ആ പുത്രനാണ് കപിലഭഗവാൻ കപില ജ്ഞാനകലയോടുകൂടെ അവതരിച്ചിരിക്കണം ജ്ഞാനകലയോടുകൂടെ അവതരിച്ചത് ലോകത്തിൽ സാങ്ക്യതത്വം പ്രകാശ പ്രകാശിപ്പിക്കാനായിട്ടാണ് അതുകൊണ്ട് അച്ഛൻ തന്നെ ചെന്ന് നമസ്കരിക്കുകയാണ് മകനാണെന്നുള്ള ഭാവം പോലും ഇല്ലാതെ തന്നെ നമസ്കരിക്കുകയാണ് ത്വാം സൂര്യഭിസ്തബു സദാവാദാർഹണ പാദപീഠം ഐശ്വര്യവൈരാഗ്യേശോവബോധവീര്യശ്രിയാ പൂർത്തമഹം പ്രബദ്ധേ ആസ്മാേദ്യ പതി പ്രജവതീർണ ഉത്ത കാമ പരിവ്രജപദവീം ആസ്ഥിത്തരിഷ്യേ ുഞ്ജൻ വിശോക ഭഗവാനേ എന്റെ ഉള്ളിലുള്ള ശോകമൊക്കെ വിട്ടുപോയിരിക്കുന്നു ഞാൻ അങ്ങേ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ ആത്മധ്യാനത്തോടുകൂടെ ഞാനിത് ആ പരിവ്രാജകനായി പുറപ്പെടുകയാണെന്ന് പറഞ്ഞു കർദുമ പ്രജാപതി കപില ഭഗവാൻ ആശീർവദിച്ചു പറഞ്ഞു ചെച്ചു അവധൂതനായിട്ട് പോയി പോവാൻ പുറപ്പെടുമ്പോ ഭർത്താവിന് ഭാര്യയോടുള്ള ഒരു ചുമതല ദേവഹൂതിയെ എന്ത് ചെയ്യും അച്ഛനോട് മകൻ പറയാണ് പേടിക്കേണ്ട അമ്മയ്ക്ക് ഞാൻ അധ്യാത്മവിദ്യ ഉപദേശിക്കാം അധ്യാത്മവിദ്യ ഉപദേശിച്ചതുകൊണ്ട് കാര്യം നടക്കുക എന്ന് വെച്ചാൽ അമ്മയ്ക്ക് യാതൊരു വിഷമുണ്ടാവില്ല മാത്ര അധ്യാത്മികീം വിദ്യ ശമനീം സർവകർമ്മം വിചരിഷ്യേയാചാസൗ ഭയം ചതിതരിഷ്യത്തി ഈ അധ്യാത്മവിദ്യ കൊണ്ട് എന്ത് പ്രയോജനം എന്ന് വെച്ചാൽ സർവകർമ്മ ശമനീം എല്ലാ കർമ്മവാസനകളെയും ശമിപ്പിച്ച് മനസ്സിനെ പൂർണമായി ശാന്തമാക്കും അതുമാത്രമല്ല ഭയം അതിതരിഷ്യതി ഇനി വേലാൽ അമ്മ ഭയപ്പെടില്ല ആരെയും യാതൊന്നിനെയും പേടിക്കില്ല ഒരു മകൻ അമ്മയോട് പറയാണ് അമ്മ പേടിക്കണ്ട അമ്മയെ ഞാൻ നോക്കാം ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ കൂടെയുണ്ട് പറഞ്ഞാൽ അത് രക്ഷയാവുന്നതാണ് ലൗകികധാരണ ഈ മകനെ എത്ര കണ്ട് വിശ്വസിക്കാം അല്ല ഈ ഡെപ്പോസിറ്റ് എത്ര കണ്ട് വിശ്വസിക്കാം അഥവാ അമ്മയ്ക്ക് ചില മാനസിക വിഷമങ്ങളൊക്കെ വന്നു വെച്ചാൽ മകനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ ഡെപ്പോസിറ്റിന് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ യഥാർത്ഥ സഹായം ഒരാൾക്ക് കൊടുക്കുക എന്നുള്ളത് ഈ എന്നിട്ട് അവർ സ്വതന്ത്രമായിട്ട് വിടലുവാണ് ഈ ജ്ഞാനം കൊണ്ട് നീ രക്ഷിച്ചോളും വേറെ ആരെങ്കിലുമൊക്കെ രക്ഷിക്കുന്നുള്ളത് വെറും കപടവിശ്വാസമാണ് രക്ഷിക്കാൻ പറ്റില്ല രക്ഷിക്കണം എന്ന് സതുദ്ദേശം ഉണ്ടെങ്കിൽ പോലും ഒരാൾക്കും മറ്റൊരാളെ രക്ഷിക്കാൻ ഒക്കില്ല അതുകൊണ്ട് ഈ ജ്ഞാനമാണ് രക്ഷ ഈ ജ്ഞാനത്തിനെ ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം അമ്മയുടെ കർമ്മവാസനകളൊക്കെ ഒടുങ്ങി കിട്ടുമെന്ന് മാത്രമല്ല അമ്മയുടെ ഭയവും നിവൃത്തമാവും അമ്മയ്ക്ക് ഭയം ഉണ്ടാവില്ല ദ്വൈതം സത്യമാണെന്നും താനൊരു വ്യക്തിയാണെന്നും ഒക്കെ ഉള്ള ധാരണയാണ് ഭയത്തിന് മൂലഹേതു ആ ഭയം അമ്മയെ വിട്ടുപോകും അമ്മയ്ക്ക് ശാന്തി ഉണ്ടാവും അതുകൊണ്ട് അമ്മയ്ക്ക് ഞാൻ ഇത് ഉപദേശിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു ദേവഹൂതിയും കപില ഭഗവാനെ നമസ്കരിച്ചു നമസ്കരിച്ച് ദേവഹൂതി ഭഗവാനോട് ചോദിക്കുക ഭഗവാനെ എനിക്ക് ഉപദേശിക്കും അങ്ങനെ കപില ദേവഹൂതിക്ക് ഉപദേശിക്കുന്ന ഭാഗം നമ്മൾ കുറച്ച് കഴിഞ്ഞ് കാണാം